jishe saheya karaya shivam saksate hamam na nidarise hamam sadasa nidarise shivam haraya nami kusaya shivam ിംഗലിംഗേതി കുറോത്തോദ പ്രത്യക്ഷൻമാൻ ഞായ് കഥ മമ ആത്മീയ വിദ്യാതിരി കഥം വാശ്രോതാ മന്ദിക്ക മൂന്ന് ആത്മാക്കൾ മൂന്നാണ്പോൾ അഞ്ചു ആത്മാവ് ഈശ്വരൻ നിർഗുണബ്രം സിദ്ധാന്തി പറയണല്ല ആത്മാവ് ഒന്നേ ഉള്ളൂ സത്സൃഷ്ടോത്വദേവ് അനുപ്രാവശ്യം സൃഷ്ടികർത്താവ് തന്നെ അനുപ്രവേശം ചെയ്തിരിക്കുകയാണ് ആത്മാവിനെങ്ങനെ അറിയുന്നു ശ്രോത മന്ദ വിജ്ഞാത അങ്ങനെ അറിയുന്നു എന്ന് പറയാൻ പക്ഷേ ശ്രുതി മർച്ചും പറയുന്നുണ്ട് അമന്ത അവിജ്ഞാത എന്താണ് ഇതിൻ്റെ വാസ്തു രൂപം ശരിക്കും ആത്മാവിനെ സുഖാദികളെപ്പോലെ പ്രത്യക്ഷമായി അറിയാൻ കഴിയുന്നില്ല അനുമാനത്തിലൂടെ അറിയാൻ വയ്യ മനനത്തിലൂടെ എന്നാൽ ആത്മാവിനെ അറിയണമെന്നും പറയും ഇതെല്ലാം പരസ്പര വിരുദ്ധം പോലെ തോന്നുന്നു അപ്പം ആ ഭാഗത്തെ വ്യക്തമാക്കുകയാണ് യഥാ ലിംഗേനാത്മാനമ്മ മന്ദ തഥാവി കുറോ ദൈവ ലിംഗേന മന്ദ സസ്യം മന്ദ തോതോ പ്രസജ ഇനി അനുമാനത്തിലൂടെ അറിയുന്നു ഈ കർണങ്ങളെല്ലാം പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കണമെങ്കിൽ എന്റെ പിന്നിൽ ഒരു കർത്താവ് വേണം അതായത് ഇതിനെ പ്രവർത്തിപ്പിക്കുന്നവരും വേണം മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്ന ഒന്ന് ഒന്ന് വേണം എന്നിങ്ങനെ അറിഞ്ഞാലോ നേരിട്ടറിയുകയല്ല അനുമതി എന്ന് പറയുന്നു പ്രത്യക്ഷവും അനുമതിയും നമ്മളുടെ വ്യത്യാസം അതാണ് അഗ്നി മുമ്പിലുണ്ട് അതിനെ കാണുന്നു അത് പ്രത്യക്ഷം ചക്ഷേന്ദ്രിയത്തിലൂടെ അതിനറിയുന്നു അവിടെ ആ വസ്തുവും ഇന്ദ്രിയവുമായിട്ട് ബന്ധമുണ്ടാകുന്നു പ്രത്യക്ഷമായി മുമ്പിൽ കാണുന്ന അഗ്നി കണ്ണുമായി ബന്ധപ്പെടുന്നു മനസ്സിന്റെ സാന്നിധ്യം വരുന്നു ഉള്ളിലറിവുണ്ടാകുന്നു ഇത് അഗ്നിയാണ് ഇത് പ്രത്യക്ഷ എന്താണോ പ്രത്യക്ഷത്തിൽ ഇന്ദ്രിയ അർത്ഥ സന്നീകർഷം ഉണ്ടാകുന്നു വിഷയവുമായിട്ടുള്ള സംബന്ധം ഉണ്ടാവുന്നു ആന്തരികമായ പ്രത്യക്ഷം സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും മറ്റും പ്രത്യക്ഷത്തിൽ അവിടെ അപേക്ഷ സുഖം ദുഃഖം ഇതുമായിട്ടും മനസ്സിന് സന്നിവേശമുണ്ടാകുന്നു ബന്ധമുണ്ടാകുന്നു അനുമതിയിൽ അങ്ങനെയല്ല പർവ്വതത്തിൽ നോക്കിയപ്പോൾ അവിടെ പുക വേണ്ട തീ കാണുന്നില്ല പക്ഷെ തീയെക്കുറിച്ച് അറിവുണ്ടാകും പുക ഉള്ളിടത്തെല്ലാം തീയുണ്ട് അങ്ങനെ ഒരു നിയമം അയാൾക്ക് ഓർമ്മ വരുന്നു അതുവരെ പുകയും തീയും കണ്ടു പരിചയിച്ചതുകൊണ്ട് അങ്ങനെ ഒരു നിയമത്തിന്റെ ഓർമ്മ വരുന്നതുകൊണ്ട് നിയമത്തിന്റെ ബലത്തിൽ അയാൾക്കൊരു അറിവുണ്ടാകുന്നത് ഇതാണ് ആ പർവ്വതത്തിൽ തീയുണ്ട് അതും അറിവാണ് എങ്ങനെയുള്ള അറിവ് യഥാർത്ഥമായ അറിവ് പക്ഷെ വ്യത്യാസമുണ്ട് അവിടെ എന്താണ് ഇന്ദ്രിയ അർത്ഥസന്നീകർഷ അവിടെ ചക്ഷിരേന്ദ്രിയവും ആ വസ്തു അഗ്നിയും തമ്മിൽ ബന്ധപ്പെടുന്നുണ്ട് പക്ഷെ അയാൾക്കുണ്ടായ അറിവ് ശരിയാണ് കാരണം ഇന്ദ്രിയവും അർത്ഥവുമായിട്ട് ബന്ധപ്പെടാതെ തന്നെ വസ്തുവിനെ കുറിച്ചുള്ള ശരിയായ ജ്ഞാനമുണ്ടാവും പർവ്വതത്തിൽ തീയുണ്ട് എന്നിങ്ങനെ ഇതാണ് അനുമതി ഇവിടെ ആത്മാവിനെ സംബന്ധിച്ചങ്ങനെയുള്ള അനുമതിയും സാധ്യമല്ല മനന സാധ്യമല്ല എന്തുകൊണ്ട് അങ്ങനെ അറിയുമ്പോഴും എന്തു അവിടെ അറിയുന്നതായ ഒരു ആത്മാവ് എന്ന് പറയേണ്ടി റിയുന്നത് അറിയുന്നവരാണാ അറിയുന്നവൻ അറിവ് അറിവിന് വിഷയം അറിയുന്നു എന്ന് പറയുമ്പോൾ അത് അറിവിന്റെ വിഷയമായി അറിയുന്നവനല്ല കാരണം അറിയുക എന്ന് പറയുന്ന പ്രക്രിയ ഇത് മൂന്നും കൂടി ചേർന്നാലേ കഴിയും ഒന്നറിയുന്നവൻ അറിവ് അറിവിന്റെ വിഷയം ും ചേർന്നാലേ അറിയുക എന്ന് പറയുന്ന പ്രക്രിയ അത് സംഭവിക്കുന്നു പുസ്തകത്തെ അറിയുന്നു അറിയുന്ന ഞാൻ എന്റെ അറിവ് പുസ്തകം ഇവിടെ എന്തു ചെയ്യുന്നു അറിവിന് വിഷയം വേറെയായി അറിയുന്നവൻ വേറെയായി രണ്ടും ഒന്നാകാൻ കഴിയില്ല ഞാനാണോ പുസ്തകമല്ല മറിച്ച് ഞാൻ അറിയുന്ന വസ്തുവാണ് അതുപോലെ അനുമാനത്തിലൂടെ ആത്മാവിനെ അറിയുന്നു എന്ന് പറയുമ്പോൾ അറിയുന്നതായ ആത്മാവെന്ന് അറിയുന്നവനായ ഞാൻ വേറെ രണ്ടാവും പൂർവദേവ ലിംഗേന മന്ദവ്യാത്മാത മന്ദ്രസജേയാത അങ്ങനെ രണ്ട് ആത്മാവിനെ അംഗീകരിക്കേണ്ടി വരുന്നു ഏകയേവേ അല്ലെങ്കിൽ ഒന്ന് തന്നെ രണ്ടായി പിരിഞ്ഞെന്ന് പറയേണ്ടി വരും ആത്മാവിനെ സംബന്ധിച്ച് ഇതൊന്നും സ്വീകാര്യമായ കാര്യങ്ങളല്ല അതേകമാണ് സർവവ്യാപിയാണ് സ്വസ്രൂപമാണ് പ്രത്യക്ഷേണെന്നു മമാത്മീയ വിദ്യാ ദു ശ്രുതി എന്ന് പറയുന്നു ഈ പറയുന്ന തത്വത്തെ നിന്റെ അറിയണം അത് മമ ആത്മാ അതാണ് എന്റെ വാസ്തവ സ്വരൂപം ആ പരമാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ പറയണം ഈശ്വരനെ കുറിച്ച് ജഗത് സൃഷ്ടികർത്താവിനെ കുറിച്ച് പറയുമ്പോ പറയുന്നു അവനെ എങ്ങനെ അറിയണം മമ ആത്മാ തന്റെ ആത്മാവായി അറിയണം അതില് തന്റെ സ്വരൂപമായി അറിയണം അന്യമായി അറിയരുതെന്നും പറയുന്നു അതെങ്ങനെ അറിയാൻ പറ്റും പ്രബലമായ പ്രമാണം പ്രത്യക്ഷം സർവസമ്മതമായിരിക്കുന്ന കാര്യം പ്രത്യക്ഷത്തിലൂടെ ശരിയായ അറിവുണ്ടാകുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും നാസ്തികനും തർക്കമില്ല ചർവാകന പോലും അതിന് എതിർപ്പില്ല അനുമാനവും മറ്റും ചർവാകനും മറ്റും സർവസമ്മതമായിരിക്കുന്ന പ്രത്യക്ഷ സാധ്യമല്ല താർക്കികന്മാരും മറ്റും പറയുന്ന അനുമതിയിലൂടെയും സാധ്യമല്ല ആത്മാവിനെ സംബന്ധിച്ച് അറിയുക അങ്ങനെയാണെങ്കിൽ പ്രത്യക്ഷീണുമാന ന്യായത്തെ പ്രത്യക്ഷത്തിലൂടെയും അനുമാനത്തിലൂടെയും ആത്മാവിനെ അറിയാൻ കഴിയുന്നെങ്കിൽ കഥമുച്ച മമാത്മീയ വിദ്യാവിധി എങ്ങനെ പറയാൻ കഴിയും സ്വരൂവുമായി ഇതിനറിയണം എന്നും മറ്റും പറയുന്നതിന്റെ താല്പര്യം തോന്നുന്നു പറയുന്നത് ശരിയാണ് എന്റെ താല്പര്യമാണ് ചോദിക്കുന്നത് എന്താ എന്റെ താല്പര്യം കഥംബാ ശ്രോത മന്ദ എന്നീ ശ്രുതി എന്ന് പറയുന്നു അത് ശ്രോതാവാണ് മന്ദാവാണ് ശ്രവിക്കുന്നവനാണ് മനനം ചെയ്യുന്നവനാണ് ആരാണ് ശ്രവിക്കുന്നത് ഞാൻ മനനം ചെയ്യുന്നവര് ഞാൻ അതാണ് ഞാൻ അറിഞ്ഞു കഴിഞ്ഞല്ലോ ഞാൻ തന്നെ പക്ഷെ ഇവിടെ യുക്തിയിലൂടെ സമ്മർദ്ദിക്കുന്ന എന്താണോ ഇത് പ്രത്യക്ഷമല്ല അനുമാനത്തിലൂടെ അറിയാൻ വയ്യ ഇത് മനസ്സിന് വിഷയമല്ല ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല എന്നൊക്കെയാണ് ഇവിടെ വീണ്ടും സിദ്ധാന്ത ഭാഗത്തുനിന്ന് ചോദിക്കുകയാണ് ആ ചോദ്യകർത്താവിൻ്റെ ബുദ്ധിയെ കുറച്ചുകൂടി തെളിച്ചെടുക്കാൻ ഇങ്ങനെ ചിന്തിക്കുന്നവൻ എൻ്റെ ഉള്ളിൽ കുറച്ചുകൂടി ഒന്ന് തെളിയണം എന്താ അയാൾക്ക് ശരിയായ ആത്മബോധത്തിന് തടസ്സമായിരിക്കുന്നത് ആത്മബോധം എന്ന് പറയുന്നതിൻ്റെ എന്താണ് അത് പ്രത്യക്ഷത്തിലൂടെ അറിയുന്നതല്ല അനുമാനത്തിലൂടെ അറിയുന്നതല്ല എന്ന് പറയുമ്പോൾ പിന്നെ ആത്മബോധം ഒന്നും എന്താണ് അത് അസംഗതമാണെന്നാണ് വരുന്നത് അങ്ങനെയൊന്നും ഉണ്ടാകാനേ സാധ്യമല്ല കാരണം നമ്മുടെ അനുഭവങ്ങളെല്ലാം നമുക്കറിയാം നീ പ്രത്യക്ഷ അല്ലെങ്കിൽ അനുമാനം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രമാണങ്ങളിലൂടെ ശബ്ദം ഇവിടെ ഇതൊന്നും സാധ്യമല്ല എന്ന് പറയുമ്പോൾ പിന്നെ ആത്മജ്ഞാനം ആത്മജ്ഞാനി ഇതിന്റെ താല്പര്യം അത് വ്യക്തമാക്കുകയാണ് ഇവിടെ ശ്രോതൃത്വാദി ധർമ്മവാത്മാതൃത്വാദിജ പ്രസിദ്ധം ആത്മ കിമത്ര വിഷമം പശി വീണ്ടും സിദ്ധാന്തം ചോദിക്കുകയാണ് ശ്രോതൃത്വാദി ധർമ്മവാത്മാരിയാണല്ലോ നീ കാണുന്നു കേൾക്കുന്നു നിന്നിൽ കാണലും കേൾ കേൾവിയും സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് പറയാനെന്താണ് നീ കാണുന്നവനാണ് കേൾക്കുന്നവനാണ് വിടെന്താ ദോഷം ഇത് പറയുന്നത് നിന്നെ കുറിച്ചാണ് ആത്മാവെന്ന് ബോധിപ്പിക്കുന്ന മറ്റെന്തിനെങ്കിലും കുറിച്ചല്ല നിന്നെ തന്നെ ബോധിപ്പിക്കാം നീ നിന്നു സുഹൃത്തെടുത്തോണ്ട് നീ കാണുന്നവനാണ് കേൾക്കുന്നവനാണ് നീ പറയുന്നതിൽ എന്താ ഒരുത്തക്കേട് എന്താണ് നീ അറിയുന്നില്ലേ സ്വയം പ്രത്യക്ഷമായി അറിയുന്നില്ലേ ഞാൻ കാണുന്നവനാണ് ഞാൻ കേൾക്കുന്നവനാണ് ഇതിനെന്താ ദോഷം കാണുന്നവനും കേൾക്കുന്നവനും ആത്മാവെന്ന് പറയുന്നൊന്നേ ഉള്ളൂ അതിനെന്താ ദോഷം ശ്രോതൃത്വത്തിലെ ധർമ്മ ആത്മാ അശ്രോതൃത്വത്തിലെ പ്രസിദ്ധം ആത്മന തിരിച്ചും പറയാം എന്താണോ കാണുന്നവനല്ല കേൾക്കുന്നവനല്ല നീ അതിനെന്താ ദോഷം ശ്രുതി പറയുന്നു അമന്ത അഭിജ്ഞാത എന്റെ അനുഭവത്തിലും അങ്ങനെയാണ് ഇപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ജാഗ്രത്തിൽ ശരിയാണ് സ്വപ്നത്തിൽ ഈ കാണലും കേൾക്കലോ ഒന്നും അവിടെ ഇല്ലല്ലോ ഇതെല്ലാം അവിടെ പോയല്ലോ സുഷുത്തിൽ അവിടെ കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ട് സ്വാനുഭവത്തിൽ തന്നെ അറിയാം എന്താണോ അങ്ങനെയും നിന്നെ കുറിച്ച് പറയാം അശ്രോത്രത്വാദി കാണുന്നില്ല കേൾക്കുന്നില്ല ഇതെല്ലാം സ്വാനുഭവത്തിൽപ്പെട്ട കാര്യങ്ങളല്ലേ അവനവൻ അവനവനെ കുറിച്ച് പ്രസിദ്ധം എന്നുവച്ച സർവ്വ ലോകർക്കും ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് സംബന്ധിച്ച് തന്നെ സംബന്ധിച്ചെന്നർക്ക് ആത്മാവെന്ന് ചെന്നി അല്ലെങ്കിൽ താൻ തന്നെ സംബന്ധിച്ചത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ കാണുന്നവനുമാണ് കാണാത്തവനുമാണ് കേൾക്കുന്നവനുമാണ് കേൾക്കാത്തവനുമാണ് പല അവസ്ഥകളും കിമത്ര വിഷമം പശി ഇതിലെന്താ ഒരു വൈരുദ്ധ്യംന്ന് എനിക്ക് തോന്നുന്നു ശ്രോത അശ്രോത എന്നെല്ലാം പറയുന്നു എന്ത് വലിയ കാര്യം പോലെ സംസാരിക്കുന്നു അസാധ്യമായതുപോലെ അസംഭവമായ കാര്യം പോലെ എന്തിന് ചിന്തിക്കുന്നു ചെറിയ കാര്യങ്ങൾ ചിന്തിച്ച് വലുതാക്കുന്നു നടത്തുന്നു ഇത് വളരെ നിസ്സാരമായ കാര്യമാണല്ലോ എന്ന് സിദ്ധാന്തി പറയുന്നു ചോദ്യകർത്താവ് വീണ്ടും പറയുന്നു യദ്യപി തപന്ന വിഷമം ശരിയാണ് നിനക്ക് സംഗതി എളുപ്പമാണ് അല്ലെങ്കിൽ ശിഷ്യൻ ഗുരുവിനോട് പറയുന്നതായിട്ടും പറയാം ഗുരുവിന് സംഗതി എളുപ്പമാണ് യദ്യപി തപുന്ന വിഷമം തഥാവി മമത വിഷമം പ്രതിപാദിക്കും പക്ഷെ എനിക്ക് ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടോ പറയാമല്ലോ ശിഷ്യന് പറയാം അങ്ങേക്ക് ഇതിൽ സംശയമൊന്നുമില്ലെന്ന് പറയുന്നത് ശരിയാണ് പക്ഷെ അതുകൊണ്ട് എന്റെ സംശയം ഇല്ലാതാകുന്നില്ലല്ലോ വിഷമം പ്രതിഭാതി എനിക്കിത് ഗ്രഹിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നുന്നു ബുദ്ധിമുട്ടാണ് അത് ഗുരുവിനും മനസ്സിലാകുന്നുള്ള കഥ അതെങ്ങനെ സംഭവിക്കും ഇത്രയും ഒരു കാര്യം വളരെ ലളിതമായി മനസ്സിലാക്കാവുന്ന ഒരു കാര്യത്തെ പ്രയാസമുള്ളതാണ് വിഷമമാണെന്ന് പറയുന്നു ഗുരുവിൽ സഹജമായിരിക്കുന്ന കാര്യമാണ് ഗുരുവിൻ്റെ സഹജ സ്വഭാവത്തെയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് ശ്രുതി അതിന്നതാണോ അന്യമായ ഒരു കാര്യത്തെ ബോധിപ്പിക്കുകയല്ല ശരീരത്തെക്കുറിച്ചോ മനസ്സിനെ കുറിച്ചോ ഒക്കെ ബോധിപ്പിച്ചാൽ അതിൽ അറിയേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട് എത്ര അറിഞ്ഞാലും അവശേഷിക്കുന്ന കാര്യങ്ങളുണ്ട് അറിയേണ്ടതായി അവശേഷിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഇവിടെ എന്താണോ സുസ്വരൂപത്തെ കുറിച്ച് സഹജമായിരിക്കുന്നതിന്റെ ഭാവത്തെ ബോധിപ്പിക്കുകയാണ് ഇത് ഇന്നതാണോ ഇതിലെങ്ങനെ വിഷമം വരും അത് ബോധിച്ചവനും വിഷമില്ല ബോധിക്കാത്തവനും വിഷമ ആ വിഷമോട്ട് മാറുന്നുമില്ല യഥാസോ ശ്രോത യഥാ ച മന്ദ തഥാന ശ്രോതങ്ങനെ മനസ്സിലാക്കുക എപ്പോഴാണോ അവൻ ശ്രോതാവായിരിക്കുന്നത് മന്ദാവല്ല മന്ദാവായിരിക്കുന്നു ശ്രോതാവല്ല ചോദ്യകർത്താവ് അതിനെ കുറിച്ച് തന്റെ ചിന്തയെ വെളിപ്പെടുത്തുകയാണ് ഞാൻ ഇങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കുന്നത് നമ്മൾ പറയുന്നു അത് ശ്രോതാവാണ് പിന്നെ പറയുന്നത് അശ്രോതാവാണ് മന്ദാവാണ് അമന്താവാണെന്ന് പറയും എനിക്ക് ഇതൊക്കെ മനസിലാക്കുന്നതിന് പറയാക്കുമ്പോ എന്തുകൊണ്ട് ഞാനത് ഇങ്ങനെ മനസിലാക്കി എപ്പോഴാണോ ശ്രോതാവായിരിക്കുന്നു പ്രധാന മന്ദാവ് ഒരു സമയം രണ്ടു കാര്യം ചെയ്യാൻ പറ്റത്തില്ല കേൾക്കുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ ചിന്തിക്ക ചിന്തയില്ല ചിന്തിച്ച കേൾവില്ല ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്നു ചിന്തയിൽ മറ്റെന്തെങ്കിലും ആണെങ്കിൽ കേൾവിയില്ലായിരുന്നു അപ്പോൾ ശ്രോതാവിന് അശ്രോതാവായും ഇരിക്കാം ശ്രവിക്കുന്ന സമയത്ത് മനനമാണ് നടക്കുന്നതെങ്കിൽ ശ്രോതാവല്ല അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നു യഥാർത്ഥം മന്ദ എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു തതാണ് ശ്രോത പോയി കേൾക്കുന്നില്ല ഇത് സർവാനുഭവസിദ്ധമായൊരു കാര്യമാണ് ഒന്ന് ചെയ്യുമ്പോൾ മറ്റൊന്നും അതേ കാലത്തിൽ പറ്റില്ല കാല വ്യത്യാസം കൊണ്ട് സംഭവിക്കും ഒരു ക്ഷണത്തിൽ ചിന്തിക്കുക അടുത്ത ക്ഷണത്തിൽ കേൾക്കുക ഇത് സംഭവിക്കുക ഒരു കാലം സാധിക്കില്ല തത്രയോ പക്ഷേ ശ്രോത മന്ദ പക്ഷേ ജസ്ത്രോതോത നാഭിമന്ത അങ്ങനെയാണെങ്കിൽ പറയാം എന്താണോ ഒരുപക്ഷത്തിൽ ശ്രോതാവെന്ന് പറയാം മറ്റൊരു പക്ഷത്തിൽ നശ്രോത ഒരുപക്ഷത്തിൽ മന്ദെന്ന് പറയാം വേറൊരുപക്ഷത്തിൽ നാഭിമന്ത എന്ന് പറയാം തഥാ അന്യത്രാപിച്ചു അതുപോലെ എല്ലാ കാര്യങ്ങളും സംബന്ധിച്ചു രുചിക്കുന്നു ചിന്തിക്കുന്നില്ല ചിന്തിക്കുന്നു രുചിക്കുന്നില്ല സ്പർശിക്കുന്നു ചിന്തിക്കുന്നില്ല ചിന്തിക്കുന്നു സ്പർശിക്കുന്നില്ല ഇങ്ങനെ സർവത്തിനും യഥം തഥാശ്രോതൃവാദി ധർമ്മവാൻ ആത്മാശ്രുത്വാദി ധർമ്മവാൻ വേദി സംശയസ്ഥാനി കഥം തവൻ നമ്മുടെ ചോദ്യഭർത്താവ് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തഥാ ശ്രോതൃത്വാ ധർമ്മവാദാത്മാ അശ്രുത്വ ഇതിലേതാണ് ഇതിൻ്റെ വാസ്തവ സ്വരൂപം ശ്രോതാവായിരിക്കുന്നതാണോ അശ്രോതാവായിരിക്കുന്നതോ മന്താവായിരിക്കുന്നതാണോ അമന്താവായിരിക്കും ഇതാണ് ഏതാ വാസ്തവ സ്വരൂപം എന്താണ് ഒരു സമയം ഒന്നായിരിക്കും വേറെ സമയം വേറൊന്നായിരിക്കുന്നില്ല അത് മനസ്സിലാക്കും പക്ഷെ ശ്രുതി പറയുന്ന എന്താണ് ശ്രോത അടുത്തെന്ന് പറയുന്ന അശ്രോത ഇതൊന്നല്ലല്ലോ രണ്ടാണല്ലോ ഒരു ദവിൽ പരസ്പരവിരുദ്ധമായ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സംശയം വരും ഏതാ അങ്ങനെ പറയും അത് ഉഷ്ണവുമാണ് ശീതവുമാണെന്ന് പറഞ്ഞാൽ സംശയം വരും എന്താ പറഞ്ഞാൽ താല്പര്യം കാരണം രണ്ടു പരസ്പര വിരുദ്ധ സ്വഭാവമാണ് ഒന്നിൽ പറയുന്നത് ഇത് ഉഷ്ണവുമാണ് ശീതവുമാണ് കേളുകാരനാകാശേ എന്താ പറഞ്ഞത് ഉഷ്ണമാണെന്നാണോ അത് ശീതമാണെന്നാണോ അതുപോലെ ശ്രോത അശ്രോത എന്ന് പറയുമ്പോ സംശയസ്ഥാനേ സംശയമാണ് വരുന്നത് കഥം തവന്ന ഇതിൽ ആർക്കാണോ വൈഷമ്യം ഉണ്ടാകാത്തത് എന്താ ശിഷ്യന് മാത്രമേ ഉള്ളൂ ഗുരുവിനും ഉണ്ടാകാം വൈരുദ്ധ്യമാണ് പറയുന്നത് വൈരുദ്ധ്യമാണ് ബോധിക്കുന്നതെങ്കിൽ ആർക്കും വൈഷമ്യം ഉണ്ടാവാൻ ഗുരുവിനോട് പറയുകയാണെങ്കിൽ ശീതവുമാണ് ഉഷ്ണവുമാണ് എന്ന് പറഞ്ഞാൽ അവിടെ വൈഷമ്യം ഉണ്ടാകും യഥാദേവതത്വം ഗച്ഛതി തഥാ നസ്താത ഗന്ധായോ ദേവതത്തിന് നടക്കുന്നു അപ്പം നിൽക്കുന്നവനല്ല ഇക്കാര്യം സ്പഷ്ടമാണല്ലോ യഥാ തിഷ്ടി തഥാന്ന് ഗന്ധ സ്ഥാതായി വില്ക്കുന്നു അപ്പം നടക്കുന്നില്ല നിൽക്കുന്നവനാണ് തഥാസ്യ പക്ഷേ ഗന്ധുത്വം സ്ഥാതൃത്വം ച എന്ന നിത്യം ഗന്ധുത്വം സ്ഥാതൃത്വം അതുപോലെ എന്താണ് ദേവതത്തിന് നിക്കുമ്പോൾ നടക്കുന്നില്ല നടക്കുമ്പോൾ നിൽക്കുന്നില്ല പറയണവൻ നിൽക്കുന്നവനുമാണ് നടക്കുന്നവനാണോ എന്ന് പറഞ്ഞാൽ രണ്ടും നിത്യമാകാൻ വഴിയില്ല നിൽക്കുമ്പോൾ നടക്കുന്നില്ലെന്നേ ഞാൻ അർത്ഥമാണോ അല്ലെങ്കിൽ നടക്കുമ്പോൾ നിൽക്കുന്നില്ലെന്നേ ഞാൻ അർത്ഥമാണോ അല്ലാതെ ഒരേ സമയം നിൽക്കുന്നവനുമാണ് നടക്കുന്നവനുണെന്നുള്ള അർത്ഥമില്ല അത് സംഭവിക്കത്തില്ല നിത്യം ബന്ധുത്വം സ്വാതത്വം തോം അതൊരു ശ്രോതാവ് അശ്രോതാവ് എന്നെല്ലാം പറഞ്ഞ് പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് ശ്രോതാവിന് ആശയക്കുഴപ്പത്തെ ഉണ്ടാക്കുകയാണ് ഇവിടെ അതല്ല വേണ്ടത് തത്വബോധത്തെ ഉണ്ടാകണം ഈ ആശയക്കുഴപ്പത്തിൽ നിന്ന് തത്വബോധത്തിലേക്ക് പോകണം അത് കഴിഞ്ഞ ദിവസം ചോദിച്ചത് എന്താണോ പ്രതീയമാന അർത്ഥം അതിലാണ് വൈദിദ്ധ്യം വരുന്നത് കാര്യം കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിൽ തോന്നുന്ന അർത്ഥം അതിന് വൈരുദ്ധ്യം വരാം വിവക്ഷിതമായ അർത്ഥത്തിൽ അത് വരത്തില്ല ഇവിടെ ചോദ്യകർത്താവ് ആ പ്രതീയമാന അർത്ഥത്തിൽ നിൽക്കുകയാണ് കേട്ടപ്പോ എന്താണോ തന്റെ മനസ്സിൽ തോന്നി അതിൽ നിൽക്കുകയാണ് ആ വൈരുദ്ധ്യത്തെ പരിഹരിക്കുന്നെങ്ങനെ എന്താണോ വിവക്ഷിതം അതിനെ ബോധിപ്പിച്ചുകൊണ്ട് വാസ്തവത്തിൽ വൈരുദ്ധ്യത്തെ ബോധിപ്പിക്കാൻ ശ്രുതി ആഗ്രഹിച്ചത് പിന്നെന്താണ് വിവക്ഷിതമായത് എന്താണ് അവൈരുദ്ധ്യങ്ങളെല്ലാം പരിഹരിക്കുന്ന ആത്മസ്വരൂപത്തെ ആത്മതലത്തെയാണ് ബോധിപ്പിക്കുന്നത് പക്ഷേ ഇത് ബോധിക്കാൻ കേൾവിക്കാരന് ബുദ്ധിമുട്ടുണ്ട് ഇന്നല്ല എന്നും ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പഴയകാലത്തും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ശ്രുതി ഇങ്ങനെയൊക്കെ ബോധിപ്പിച്ചിട്ടും താർക്കികന്മാരും മറ്റു രീതി ബോധിച്ചു അനുയായികൾ കാണാതന്മാര് താർക്കികന്മാരും അവരും മറ്റു മനസ്സിലാക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ് എങ്ങനെയാണ് പക്ഷപ്രാപ്ത ശ്രോതൃത്വത്തിന് ആത്മാച്ഛ്യത ശ്രോതാ മന്ദ ഇത്യാദി സംയോഗജത്വം ആ യോഗപദ്യം ജ്ഞാനസിഹി ആകക്ഷത അവരെന്താണ് പറയുന്നത് ആത്മാവിനെ ശ്രോത മന്ദ എന്ന് പറയുന്നത് പക്ഷപ്രാപ്തിന് ശ്രോതൃത്വം അതാണ് അത് ശരിയാണ് ആത്മാവിന് ഇതെല്ലാം വന്നുചേരുന്നു പാക്ഷികമായി നിത്യമായിട്ടല്ല അതെങ്ങനെ സംയോഗജത്വം ആ യോഗപദ്യം ചെ ഞാനുസഹിയായ ലക്ഷത അവർ പറയുന്നത് ആത്മാവ് ദ്രവ്യമാണ് ദ്രവ്യ ഗുണകർമ്മസാമാന്യ വിശേഷഭാവ അതാണ് ഒരു പദാർത്ഥങ്ങൾ നിർവഹിക്കുന്നത് എന്നിട്ട് ദ്രവ്യത്തിൻ്റെ പട്ടികപ്പെടുത്തിയിരിക്കുകയാണ് പൃഥ്വി തേജോ വായു ആകാശ കാലധിക മനാംസം അത് ആ കൂട്ടത്തിൽപ്പെടുത്തിയിരിക്കയാണ് ആത്മാവിനെ ആ ദ്രവ്യത്തിൽ പല ഗുണങ്ങളുമുണ്ട് ആ ഗുണങ്ങളിലൊന്നാണ് ഇത് ശ്രോതൃത്വം മന്ത്രത്വം എന്തുകൊണ്ടവിടെ ജ്ഞാനം ആഗന്തുകമാണ് വരുന്നതും പോകുന്നതുമാണ് ഞാനും ആത്മാവിന് ഈ ഇന്ദ്രിയങ്ങളെല്ലാം ഇങ്ങനെ സദാ ബഹർമുഖങ്ങളായിരിക്കുമ്പോ ഇന്ദ്രിയങ്ങൾക്ക് മുമ്പിൽ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ സദാ നിൽക്കുമ്പോ എന്തുകൊണ്ട് സദാജ്ഞാനം ഉണ്ടാകുന്നില്ല രൂപജ്ഞാനം രസജ്ഞാനം ഗന്ധജ്ഞാനോ എന്നിങ്ങനെ സദാ എന്തുകൊണ്ട് ജ്ഞാനം ഉണ്ടാകുന്നില്ല അതുകൊണ്ട് അവർ പറയുന്നു ഇന്ദ്രിയങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രം പോരാ അവിടെ ആത്മ മനസ്സംയോഗം കൂടെ വേണം എന്നാലേ ഞാനുണ്ടാകത്തുള്ളൂ അതെന്താണ് ഇന്ദ്രിയങ്ങൾ സദാ ഇങ്ങനെ വിഷയങ്ങളെ ഗ്രഹിക്കുന്നതിന് സന്നദ്ധമായി നിലനിൽക്കുന്നുണ്ടെങ്കിലും ആ ഇന്ദ്രിയങ്ങളോട് മനസ്സ് ബന്ധപ്പെടുന്നതാണ് മനസ്സംയോഗം എന്നാലേ ഞാനുണ്ടാവും അതുകൊണ്ട് സർവർക്കും സദാജ്ഞാനുണ്ടാകുന്നില്ല ഇനി രൂപജ്ഞാനം ഉണ്ടാകുന്നു അടുത്ത നിമിഷം രസജ്ഞാനം ഉണ്ടാകുന്നു ഗന്ധജ്ഞാനം ഉണ്ടാകുന്നു െന്താ സംഭവിക്കുന്നത് ഈ മനസ്സ് ഓരോ ഇന്ദ്രിയത്തിനോടും ബന്ധപ്പെടുമ്പോൾ ആ ഞാനുണ്ടാകുന്നു ചക്ഷിരേന്ദ്രിയോട് ബന്ധപ്പെട്ട രൂപജ്ഞാൻ രസനേന്ദ്രിയോട് ബന്ധപ്പെട്ട രസജ്ഞാൻ ശ്രോത്രേന്ദ്രിയോട് ബന്ധപ്പെട്ട ശ്രവണം ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതങ്ങനെയാണ് ഓരോ മനസ്സിനോടെല്ലാം വേറിട്ട് വേർട്ട് ബന്ധപ്പെടുന്നത് മനസ്സ് ഒന്നാണെങ്കിലും അത് അണുപരിണാമമാണ് ഇത്രയും സൂക്ഷ്മമാണ് അത് അതിവേഗത്തെ ശരീരത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു നാടികളോട് എന്നിട്ട് വേഗത്തിൽ ഒരിന്ദ്രിയത്തോട് ബന്ധപ്പെടുന്നു പിന്നെ അടുത്ത ഇന്ദ്രിയത്തോട് ബന്ധപ്പെടുന്നു അങ്ങനെ ഒന്നിനെ വിട്ട് വേറെതിനോട് ബന്ധപ്പെടുമ്പോൾ അതാതിന്ദ്രിയങ്ങളിൽ നിന്ന് ഞാനുണ്ടാവുന്നു അത് അണവും സൂക്ഷ്മവുമാണ് അതുകൊണ്ട് അതിന് സഞ്ചരിക്കേണ്ടി വരുന്നു ഒന്നിനോട് ബന്ധപ്പെടുമ്പോൾ വേറെ ഒന്നിനോട് ബന്ധപ്പെടാൻ കഴിയുന്നില്ല രൂപ ചക്ഷു ഇന്ദ്രിയത്തോട് ബന്ധപ്പെടുമ്പോൾ ശ്രവണേന്ദ്രിയോട് ബന്ധപ്പെടാൻ കഴിയുന്നില്ല കാരണം ഒരിടത്തുനിന്ന് വേറെ അടുത്ത് എത്തണ്ടേ അങ്ങനെ അല്ലെങ്കിലോ അത് വ്യാപകമാണെങ്കിലോ ഒരേ സമയം രണ്ട് ഞാനുണ്ടാവും കണ്ടുകൊണ്ട് കാണുന്ന സമയം തന്നെ ചെവികൊണ്ട് കേൾക്കും അത് കുഴപ്പമുണ്ടാവും കണലുകയും ഒരുമിച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ ഏക കാലം സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നും തിരിയത്തില്ല ഇതുമാത്രമല്ല എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും ഒരേ കാലത്തിൽ ഞാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവനൊന്നും ഗ്രഹിക്കാൻ കഴിയാത്ത അതുകൊണ്ടവര് എന്ത് പറയുന്നു അയോഗപദ്യം യുഗപദ്കാലത്തിൽ ഞാൻ സംഭവിക്കുന്നില്ല മറിച്ച് സംയോഗജമാണ് ജ്ഞാനം മനസ്സും ഇന്ദ്രിയവുമായിട്ടുള്ള സംയോഗത്തിൽ നിന്നാണ് ഞാനുണ്ടാകുന്നത് മനസ്സിന് ഏത് ഇന്ദ്രിയത്തോട് സംയോഗം ഉണ്ടാകുന്നു ആ ഇന്ദ്രിയത്തിൽ നിന്ന് ഞാൻ ഉണ്ടാകുന്നു മറ്റേന്ദ്രിയങ്ങളിൽ നിന്ന് ഞാൻ ഉണ്ടാവുന്നില്ല മനസ്സുകൊണ്ട് ഓരോ ഇന്ദ്രിയങ്ങളെയും വിട്ടു വിട്ട് ഇതൊക്കെയാണ് അവരുടെ കല്പനകൾ ആത്മ ഉച്ചിതി ശ്രോത മന്ദ ഇത്യാദി സംയോഗജത്വം ആ യോഗപദ്യം ജ്ഞാനസേഹി ആ രക്ഷത അതുകൊണ്ട് ജ്ഞാനം യുഗപത് സംഭവിക്കുന്നില്ല എന്നുവെച്ചാൽ ഒരേ സമയം സംഭവിക്കുന്നില്ല ഒരു സമയം ഒരു ഇന്ദ്രിയ ജ്ഞാനമേ ഉണ്ടാകുന്നുള്ളൂ അതിനവര് അനുഭവത്തെ തന്നെ ദൃഷ്ടാന്തമാക്കി പറയുന്നു ദർശേന്ദ്രിജ അന്യക്രമന അഭൂവം എന്ന അവർ പറയുന്നു എന്റെ മുമ്പിൽ കൂടി അവൻ കടന്നുപോയി പക്ഷേ എന്റെ മനസ്സ് മറ്റെവിടെയായിരുന്നു അതുകൊണ്ട് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ഇത് സർവരുടെ അനുഭവം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല എന്റെ മനസ്സെവിടെ ആയിരുന്നു നിങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടില്ല എന്റെ ശ്രദ്ധ പോയി പറയും മനസ്സ് പോയിന്നാണ് ഇതിന് മനസ്സിലാക്കുന്നത് യുഗപത് ഒരേ സമയമല്ല ഞാൻ ഉണ്ടാകുന്നില്ല ഏത് ഇന്ദ്രിയത്തോട് അണുമായിരിക്കുന്ന മനസ്സ് ബന്ധപ്പെടുന്നു ആ ഇന്ദ്രിയത്തിൽ നിന്നുള്ള ജ്ഞാനം മാത്രമേ അക്കാലത്ത് ഉണ്ടാവുന്നുള്ളു ദർശന അന്യത്രമനാഭൂ എന്ന ആദർശമിത്യാദി യുഗപത് ജ്ഞാന അനുപത്തി യുഗപത് ഉണ്ടാകുന്നില്ല ഒരേ സമയം ഒരേ കാലം എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ജ്ഞാനം ഉണ്ടാകുന്നില്ല ഇതൊക്കെ കാണാതന്മാര് പറയുന്നതാണ് വളരെ യുക്തിയുക്തമായി എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിനെ അണുവായി സ്വീകരിക്കുന്നു എന്നുള്ളതിനവർ പറയുന്ന സമാധാനമാണ് അതാണ് യുഗപത് ജ്ഞാനാനുപത്തി മനസ്സോ ലിംഗം വിദ്യ അവർ പറയുന്നത് അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ പോലെ ഇന്ദ്ര പ്രത്യേകിച്ച് മനസ്സൊന്ന് പറയുന്ന ഒന്നിനുടെ സ്വീകരിക്കുന്നു അതിനവർ പറയുന്നത് യുഗപത് ജ്ഞാനം ഒരേ സമയം ജ്ഞാനം ഉള്ളിലുണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ദ്രിയങ്ങളിൽ നിന്നും വേറിട്ട് മനസ്സെന്ന് പറയുന്ന ഒന്ന് കൂടെ സ്വീകരിക്കണം മനസ്സില്ലെങ്കിൽ എന്തു ചെയ്യും ഇന്ദ്രിയങ്ങളാണ് ഞാനത്തെ ഉണ്ടാക്കുന്നതെങ്കിൽ എല്ലാ ഇന്ദ്രിയങ്ങളും കണ്ണു തുറന്നിരിക്കുന്നു ചെവി കേൾക്കാൻ തയ്യാറായിരിക്കുന്നു തൊക്ക് സ്പർശിക്കുന്നു യുഗപത് എല്ലാം ഞാനും ഒരേ സമയമുണ്ടാവും പക്ഷെ അതുണ്ടാവുന്നില്ല എന്നുകൊണ്ട് മനസ്സിന് കാല വിളംബത്തിൽ ഉണ്ടാകുന്നു മനസ്സിനോട് ബന്ധപ്പെടുന്നു അതിന്റെ ഞാനുണ്ടാകുന്നു ബന്ധപ്പെടാത്തതിന്റെ ഞാനും അടുത്ത നിമിഷം ഉണ്ടാകണം മനസ്സ് ബന്ധപ്പെടുമ്പോ അതുകൊണ്ട് യുഗുപജ്ഞാനാണ് പത്തി വളരെ ചിന്തിച്ച് കണ്ടുപിടിച്ച കാര്യം അതാണ് മനസ്സിന് ലിംഗം അണു പരിണാമത്തിലുള്ള ഒരു മനസ്സിന് അതാണ് ലിംഗമായിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നത് ന്യായമാണ് എന്ന് വെച്ചാൽ അവർ നയ്യായികന്മാരാണ് ന്യായത്തെ പിന്തുടരുന്നവരാണ് യുക്തിയെ പിന്തുടരുന്നവരാണ് ഭൗത്യവം കിം തവ ക്ഷോക്കുകയാണ് ശരി കാണാതന്മാരൊക്കെ അങ്ങനെ ചിന്തിച്ചോട്ടെ അതിന് നീക്കെന്താ ഛേദം വരുന്നത് ഭൗതികം ഹിന്ദവ നഷ്ടം നമ്മൾ സാധാരണ ഭാഷയിലാണ് പറയുന്നത് കാരണം ഇവിടെ ചിന്ത എന്ന് പറയുന്നത് നമ്മൾ ധരിച്ചിരിക്കുന്നത് പോലെ വളരെ കൃത്രിമമായ ഒരു ചിന്തയൊന്നും ആയാസമുള്ള ഒരു ബുദ്ധിയുടെ അഭ്യാസം ഒന്നും വളരെ സഹജമായും സ്വാഭാവികമായിട്ടാണ് ഭക്ഷ്യക്കാരൻ നമ്മൾ സാധാരണ വർധമാനം പറയുന്നത് നിനക്കെന്താ നഷ്ടം അങ്ങനെ ചിന്തിക്കുന്നത് എന്നുള്ള രീതിയിൽ അത്ര ലാഘവത്തോടെയാണ് എനിക്ക് നമ്മളത് കേക്കുമ്പോൾ ആവശ്യമില്ലാതെ കല്ല് കടിക്കുകയും മസിൽ പിടിക്കുകയും ചെയ്യുന്നു അതിന്റെ കാര്യങ്ങളൊന്നുമില്ല ഞാനൊരു സാധാരണ കാര്യം പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് അവർ പറയുന്നതെന്ന് അവർ വിഷയം അങ്ങനെ അവർ പറഞ്ഞോട്ടെ നിനക്കെന്താ നഷ്ടം ഭൗതികവും കിം തവനഷ്ടം വിദ്യാ അങ്ങനെ ആയിക്കോട്ടെ അസ്ഥേവന്ത ഇഷ്ടം ചെയ്തു ശരി നിങ്ങൾക്കത് താല്പര്യമാണെങ്കിൽ സ്വീകരിച്ചോ അല്ലേ ഓരോരുത്തരും അവരവരുടെ തത്വചിന്തയിൽ നിൽക്കുന്നു ഒരാൾക്ക് ഒന്നിഷ്ടം വേറെ വേറെന്നിഷ്ടം സാങ്കനെന്ന് പറയുന്നു കാണാതനെന്ന് പറയുന്നു ഗൌതമി എന്മാർ അവർ വേറെന്ന് പറയുന്നു ബൌദ്ധൻ എന്നു പറയുന്നു ജൈനന് മറ്റെന്ന് പറയുന്നു ഇങ്ങനെ ദാർശികന്മാരെല്ലാം അവരവരുടെ നിലപാടുകളിലാണ് അദ്വൈതി അദ്വൈതി വിഷ്ടാദ് ഇങ്ങനെ വളരെയധികം പേരുണ്ട് ദൈവം സ്യ ഓരോരുത്തരുടെയും നിലപാട് ഇതാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അവ ഇഷ്ടം ചെയ്യുക ആത്യന്തിക വേദക്ക് എന്താണ് അവരവരുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടമാണ് അല്ലേ നീ എന്തുകൊണ്ടിങ്ങനെ ചിന്തിക്കുന്നു അതെന്റെ ഇഷ്ടം നീ എന്തുകൊണ്ട് ദ്വൈതിയായി അതെന്റെ ഇഷ്ടം എന്തുകൊണ്ട് അദ്വൈതം പറയുന്നു അതെന്റെ ഇഷ്ടം അത്യന്തി വേദല്ലേ ഓരോരുത്തരും ഓരോന്നാകുന്നത് അവരവരുടെ ഇഷ്ടമാണ് ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മളൊന്നിനും സമർപ്പിക്കുന്നു ബാക്കിയുള്ളതിനെല്ലാം നിഷേധിക്കുന്നു ഇഷ്ടമുള്ളത് കൊണ്ട് ഒന്നാണ് അന്തിമമായ ശരിയെന്ന് പറയുന്നത് അത് അവനവൻ്റെ ഇഷ്ടമാണ് അതി കവിഞ്ഞ അതിലൊന്നുമില്ല മറ്റുള്ളവർക്ക് അസംബന്ധമാണെന്നും പറയും നമുക്കിഷ്ടമില്ലാത്ത ആ സംബന്ധം ഇഷ്ടമുള്ളത് ശരി അത് പരമാർത്ഥം സത്യം ഈ നിലപാടിനാണ് എല്ലാവരും ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ തത്വനിർണ്ണയം ഇവിടെ സംഭവിക്കും നിർണ്ണയം പറഞ്ഞാൽ ഓരോരുത്തർക്കും അവരവരുടെ ശരിയാണെങ്കിൽ അതിവിടെ സംഭവിക്കുന്ന ശ്രുതി അർത്ഥസ്ഥെന്ന സംഭവത്തി ശ്രുതിയിലൂടെ സംഭവിക്കുന്നു എല്ലാവരും പറയും ശ്രുതിയാണ് സ്വീകരിച്ചിരിക്കുന്നത് ശ്രുതി പ്രമാണമായി സാങ്കന്മാരും ഒക്കെ സ്വീകരിക്കാം എല്ലാവർക്കും സ്വീകരിക്കാം അവർക്കെല്ലാം പറയാം ഇതെല്ലാം ഞങ്ങൾ ശ്രുതിയെ പിന്തുടരുകയാണ് പക്ഷെ അവിടെയെല്ലാം എന്താണ് പറഞ്ഞതുപോലെ പ്രതീയമാന അർത്ഥമാണ് ശ്രുതി കേട്ടൊക്കെ അർത്ഥമാണ് വിവക്ഷിതമായ അർത്ഥമല്ല അതുകൊണ്ട് ഇങ്ങനെയെല്ലാം ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ ശ്രുതി അടത്ഥ സംഭവത്തി ശ്രുതിയർത്ഥമാകത്തില്ല എന്തുകൊണ്ടാകുന്നില്ല കിംത കിം ന എന്തുകൊണ്ടല്ല എന്തുകൊണ്ട് ശ്രുതിയർത്തമാകുന്നില്ല അല്ല ശ്രുതി പറയുന്നു ശ്രോത മന്ദ ഇത്യാദി ശ്രുതി ശ്രുതി പറയുന്നത് എന്താണ് ശ്രോതാവാണ് മന്ദാവാണ് ആദ്യം ചോദിച്ചു ജീവന് നിങ്ങൾ എങ്ങനെ അറിയുന്നു അപ്പോൾ പറഞ്ഞു ശ്രോതാവായും മന്ദാവായും അറിയുന്നു അതാണല്ലോ ശ്രുതി പറയുന്നു നിങ്ങളിവിടെ തിരിച്ചു പറയുന്നു അശ്രോതാവാണ് അമന്താവാണോ അത് മനനം ചെയ്യാൻ കഴിയില്ല എന്നും മറ്റും പറയുന്നു ഇതെങ്ങനെ ശ്രുതിയുടെ സ്വഭാവം ശ്രുതിയുടെ ഒരു ഭാഗം എടുത്തിട്ട് പറഞ്ഞാൽ പോരാ ശ്രുതി മുഴുവൻ നോക്കണം നമ്മളങ്ങനെയാണ് ഏതെങ്കിലും ഒരു തത്വത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്തെ മാത്രം സ്വീകരിക്കും നമുക്ക് അനുയോജ്യമാണ് അനുകൂലമാണെന്ന് തോന്നുന്ന ഭാഗത്തെ സ്വീകരിക്കും ബാക്കി വിട്ടുകളെ സമഗ്രമായി പരിശോധിച്ചിട്ട് തീരുമാനിക്കത്തില്ല നമ്മുടെ ഇഷ്ടം നമ്മുടെ വാസനകൾ താല്പര്യങ്ങൾ ആയി യോജിച്ചു പോകുന്നതിനെ നമ്മളെ ഫിലോസഫിയാക്കും തത്വചിന്തയാക്കും ശ്രുതിയിൽ പറയുന്നത് ശരിയാണ് ശ്രോത മന്ദ എന്നൊക്കെ പറയുന്നത് ശരിയാണ് അതുകൊണ്ട് അത് സ്വീകരിച്ചിട്ട് അവിടെ നിൽക്കരുത് പിന്നെ മുമ്പോട്ട് പോണം എന്താണോ നിങ്ങൾ പറഞ്ഞു മാത്രമല്ല മന്ദ ഇത്യാദിവചന അങ്ങനെയും പറയുന്നുണ്ട് മന്ദ ഇത് ചോദ്യം എടുത്ത് അവന് സ്വീകരിക്കാൻ മതിയാണ് ശ്രോത എന്നിവിടത്ത് പറഞ്ഞു പിന്നീട് എന്ന ശ്രോത എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ ഇവിടെ വൈരുദ്ധ്യം വരുന്നു വൈരുദ്ധ്യത്തെ എങ്ങനെ സ്വീകരിക്കും അഗ്നി സീതുവാണ് വിഷ്ണുവുമാണെന്ന് പറഞ്ഞ് അങ്ങനെ അതാണ് അവിടെ ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ള പങ് പറയും ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്ന പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഗീതിയിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ വൈരുദ്ധ്യമാണെന്നൊക്കെ ആൾക്കാർ പറയും എന്നും കുറുപക്ഷി പിന്നും പറയുന്നു പാക്ഷികത്വനെ പ്രത്യുക്തം എന്തോയാൾ പറയുന്നതും പൂർണ്ണമാണ് ാന്ധിയോട് പറയുന്നു നിങ്ങളിതിന് സമാനം പറയുന്നുണ്ട് ശ്രോതാവാണ് ശ്രോതാവല്ല മന്ദാവാണ് മന്ദാവല്ല ഇത്തരം വൈവിധ്യങ്ങളെ പരിഹരിക്കാമെന്ന് നിങ്ങൾ പറയുന്നുണ്ട് പാക്ഷികമാണ് പൂർണമായി അത് വ്യക്തമാക്കിയിട്ടില്ല നിത്യമേവ ശ്രോതൃത്വ പറയുന്നു അങ്ങനെയല്ല ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം നിങ്ങള് മനസ്സിലാക്കിയിട്ടുണ്ട് സിദ്ധാന്തി പറയുന്നു ശ്രോത അശ്രോത എന്ന് പറയുമ്പോൾ എന്താണോ ഒരു സമയത്ത് ശ്രോതാവും ഒരു സമയത്ത് അശ്രോതാവും അങ്ങനെയെല്ലാം പറഞ്ഞു എന്നാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നത് അങ്ങനെയല്ല നിത്യം ഇത് ശ്രോതാവാണ് നിത്യം ഇത് മന്ദാവാണ് എന്നെ ഞാൻ പറയുന്നു ഉറപ്പിച്ചു ശ്രുതി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും എങ്ങനെ ശ്രുതി ശ്രോത നശ്രോത മന്ദ ന മന്ദ എന്ന് പറയുന്നുണ്ടെങ്കിലും സിദ്ധാന്തി പറയുന്നു ഞങ്ങൾ പറയുന്നത് തന്നെയാണ് എന്താണ് നിത്യ ശ്രോതാവാണ് നിത്യം മന്ദാവാണ് എന്ന് തന്നെ പറയാം അതെന്താ അങ്ങനെ പറയാൻ കഴിയുന്നത് പറയുന്ന ശ്രുതിയെ നിങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കുക ഇത്രയും മാത്രം മനസ്സിലാക്കിയപ്പോ എങ്ങനെ ശ്രോത അശ്രോത ഇത് രണ്ടും പറയും ഇതിനപ്പുറവും മന്ദ അമന്ത ഇത് പാക്ഷികമാണ് എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ സംശയങ്ങളെയൊക്കെ പരിഹരിക്കുക മാത്രമല്ല ചെയ്തത് മനസ്സെയ്യാൻ പറയുന്നു ശ്രോതാവാണ് ഇത് നിത്യം ശ്രോതാവാണ് ഇങ്ങനെയും പറയാനല്ലോ ശ്രോത അശ്രോത എന്നെന്തുകൊണ്ട് പറഞ്ഞു ജാഗ്രത ശ്രോതാവാണ് സുഹൃത്തേൽ അശ്രോതാവാണ് പാക്ഷികത്വമാണ് അതുകൊണ്ട് രണ്ടും ശരിയാണ് ഇനി സംശയിക്കണ്ടെന്ന് പറയാം പക്ഷെ അങ്ങനെയല്ല ഞാൻ പറയുന്നു പറയുന്നു നിത്യസ്രോതാവാണ് ഇത് അശ്രോതവാകുന്നേയില്ല എങ്ങനെ പറയാൻ കഴിയും അതിനു ശ്രുതി കുടക്കൂടി എത്തിച്ചേരണം എന്താണ് നഹി ശ്രോതുഹു ശ്രുതേ വിപരിലോക വി അവിനാശിത്വ ഇത്യാദി ശ്രുതേഹേ ദൃഷ്ടേ വിപരിലോകോ വിദ്യതേ മന്ദേ വിപരിലോകോ വിദ്യതേ ശ്രുതി ഇങ്ങനെ ഓരോന്നും എടുത്തെടുത്ത് പറയും ശ്രോതു ശ്രുതേഹേ ആ കേൾക്കുന്നവന്റെ ആ കേൾവിയുണ്ടെന്ന് അതിനൊരിക്കലും നാശം വരുന്നില്ല കാണുന്നവന്റെ ആ കാഴ്ചയുണ്ടല്ലോ അതിനൊരിക്കലും നാശം വരുന്നില്ല ആ മനനം ചെയ്യുന്നവന്റെ ആ മതി അതിനൊരിക്കലും നാശം വരുന്നില്ല അപ്പൊ നിത്യശ്രോതൃത്വം മന്ത്രിത്വം ഇതൊക്കെ അംഗീകരിക്കുന്നുണ്ട് ശ്രുതി എന്ന് പറയുന്നുണ്ട് ഏവൻ ദൃ നിത്യമേവ ശ്രോതൃത്വ അദ്ദേഹമേ കേൾക്കുന്നു കാണുന്നു രുചിക്കുന്നു മണക്കുന്നു അവിടെ പറയുന്നു ആ കേൾമിക്കും കാണുന്നതിനും രുചിക്കും മണത്തിനൊന്നും ഒരിക്കലും നാശം വരുന്നില്ല എന്ന് പറഞ്ഞെന്താ എന്റെ താല്പര്യം കേൾക്കുകയും കേൾക്കാതിരിക്കുകയും ചെയ്യുന്നില്ലേ മണക്കുകയും മണക്കാതിരിക്കുകയും ചെയ്യുന്നില്ല പിന്നെന്താ അങ്ങനെ പറയുന്നത് ശ്രോത ശ്രുതേഹേ വിപറ്റലോ മാറ്റം ആ കാണുന്നവന്റെ കാഴ്ച അതിന് മാറ്റം വരുന്നില്ലെന്നാണ് കാണുന്നവന്റെ കാഴ്ചയെന്ന് പറയുന്നത് എന്താണോ ഇത് കാണുന്നു അടുത്ത സമയം കേൾക്കുന്നു പിന്നെ മണക്കുന്നു രുചിക്കുന്നു എല്ലായിടത്തും സംഭവിക്കുന്നത് എന്താണോ അറിവാണ് സംഭവിക്കുന്നത് കാണുന്നതും കേൾക്കുന്നതും രുചിക്കുന്നതും മണക്കുന്നതും എല്ലാം അറിവാണ് അറിവിൽ വരുന്ന ഭേദങ്ങളാണ് അറിവ് ഒരിടത്ത് കാണലായി വരുന്നു ഒരിടത്ത് കേൾവിയായി വരുന്നു ഒരിടത്ത് മണമായി രുചിയായി മണ അനുഭവം രുചിയുടെ അനുഭവം ഇങ്ങനെ വരുന്നു അറിവിൽ ഇത്തരം അനുഭവങ്ങൾ മാറി മാറി വരികയാണ് ഒരനുഭവത്തിൽ മറ്റനുഭവങ്ങൾ വരികയാണ് ശുദ്ധമായ പ്രതലം ക്യാൻവാസില് നാനാവർണ്ണങ്ങൾ ഉപയോഗിച്ച് ചിത്രം ചിത്രം വരയ്ക്കുന്നു അവിടെ എന്താണ് ചെയ്യുന്നത് ആ ശുദ്ധമായ പ്രതലത്തിലേക്ക് പല വർണ്ണങ്ങളെ കൂട്ടിച്ചേർക്കുകയാണ് പരമാർത്ഥത്തിൽ ആ ശുദ്ധമായ പ്രതലത്തിന് എന്തെങ്കിലും മാറ്റം വന്നോ പരമാർത്ഥത്തിൽ എന്തുകൊണ്ട് ആ പ്രതലത്തിനൊരു മാറ്റം വന്നാൽ പിന്നെ ചിത്രമില്ല അല്ലേ പിന്നെ നാനാവർണങ്ങളുള്ള ചിത്രം അവിടെ ഇല്ല പക്ഷെ കാണുന്നവനെന്ത് ധരിക്കുന്നു ആ ശുദ്ധമായ പ്രതലം മാറിപ്പോയി മറ്റ് പല വർണ്ണങ്ങളും അവിടെ വന്നു എന്ന് ധരിക്കുന്നു അവന്റെ അനുഭവം ഭ്രാന്തില്ല അവൻ നേരിട്ട് കാണുകയാണ് എന്താണ് നേരത്തെ അത് ഏകവർണ്ണത്തിലായിരുന്നു ശുഭ്രമായി തന്നു പക്ഷെ ഇപ്പോ അവിടെ പല വർണ്ണങ്ങൾ വന്നു രക്തപീതാവി വർണ്ണങ്ങളെല്ലാം ാണുന്നഭ്രാന്തിയാണോ അല്ല അവിടെ പലതരത്തിലുള്ള വർണ്ണങ്ങളുണ്ട് നേരിട്ട് കാണുകയാണ് പക്ഷെ പല വർണ്ണങ്ങളെ കണ്ടപ്പോൾ അതിന്റെ യഥാർത്ഥ വർണ്ണത്തെ അവൻ ഓർക്കുന്നുണ്ട് അത് വിസ്മൃതമായതുപോലെ അശുഭ്രവർണ്ണത്തെ അവന് തിരിച്ചറിയാൻ കഴിയുന്നില്ല മറ്റു പല വർണ്ണങ്ങൾ വന്നിട്ട് അശുഭ്രവർണ്ണത്തെ മറച്ചുകളും അതുകൊണ്ടത് നഷ്ടമായത് പോലെ അനുഭവപ്പെടും ചിത്രത്തെ കാണുമ്പോൾ ഭിത്തിയെ മറക്കും അല്ലേ രണ്ടും കൂടെ സാധ്യമല്ല ചിത്രത്തെ കണ്ടാസ്വദിക്കുക ക്യാൻവാസിന് കൂടെ ആസ്വദിക്കുക അത് പറ്റത്തില്ല രണ്ടും ഒരാൾക്ക് സാധ്യമല്ല മറിച്ച് മറ്റൊന്ന് പൂർണമായും നഷ്ടപ്പെടുന്നു അതാണ് ശ്രുതിയുടെ അശ്രുതി എന്ന് പറയുന്നത് സർവവർണങ്ങൾക്കും ആധാരമായിരുന്ന ഏകവർണ്ണം അത് നശിച്ചിട്ടില്ല അതവിടെ തന്നെ ഉണ്ട് അതിനൊരു നാശം സംഭവിച്ചില്ല അത് മറ്റെല്ലാം ആകന്തുകമെന്ന് പറയും വന്നുചേർന്നാണ് വന്നുചേർന്നപ്പോൾ അതിന് അതിന്റെ അടിസ്ഥാന സ്വഭാവത്തെ ഇല്ലാതാക്കാൻ കഴിഞ്ഞോ ഇല്ല ചിത്രത്തിനൊരിക്കലും ക്യാൻവാസിനെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല ഇത്തരത്തിന് ഭിത്തിയെ നശിപ്പിക്കാൻ കഴിയത്തില്ല അതവിടെ തന്നെ ഉണ്ട് പക്ഷേ ഈ വർണ്ണ ബാഹല്യം കൊണ്ട് അതിൻ്റെ ഏകമായ വർണ്ണം പ്രകടമാകുന്നില്ല അതിനാണ് ശ്രുതിയുടെ ശ്രുതി എന്ന് പറയുന്നത് അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതാണ് ശ്രുതി പറയുന്നത് ശ്രുതിയുടെ ശ്രുതിക്ക് മാറ്റമില്ല ഇവിടെ അനേക ശ്രുതികളുണ്ടെങ്കിലും ആ സർവാധാരമായിരിക്കുന്നു ആ ശ്രുതിക്ക് മാറ്റം സംഭവിക്കുന്നില്ല അപ്പൊ അതെന്തായി അത് നിത്യമായി വന്നു ചേരുന്നതും പോകുന്നതുമാണ് ഭീതി ശരിക്കും കഴിയും വർണ്ണങ്ങളെല്ലാം പോയി അതിന്റെ സ്വതസിദ്ധമായ വർണ്ണത്തിൽ നിൽക്കും അതുപോലെ ഇവിടെയും ഈ ശ്രുതിയുടെ ശ്രുതി ഈ ശ്രുതികളെയെല്ലാം ഗ്രീച്ച് നിൽക്കുന്ന ഏതൊന്നാണോ അതിന് മാറ്റം അതുകൊണ്ട് ശ്രുതി നിത്യമാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞുണ്ടോ ഭിത്തി നിത്യമാണ് ക്യാൻവാസ് നിത്യമാണ് എന്ന് പറയുന്നതിൽ എന്താ ദോഷം അതുകൊണ്ട് ഇവിടെ അദ്വൈതി പറയുകയാണെന്താണ് നിത്യമോതൃത്വമാണ് ഞങ്ങൾ ശ്രോതൃത്വത്തെ നിത്യമായി തന്നെ സ്വീകരിക്കുന്നു ശ്രുതി രണ്ടും പറയുന്നുണ്ട് ശ്രോതാവ് അശ്രോതാവ് പക്ഷെ ഞങ്ങൾ നിത്യമായി ശ്രോതൃത്വത്തെ സ്വീകരിക്കുന്നു പക്ഷെ അതങ്ങോട്ട് ബോധിക്കുന്നില്ല ഇത്രയും വ്യക്തമായി പറഞ്ഞിട്ട് ഏകം തർ നിമേവ ശ്രോതൃത്വ്യമേ പ്രത്യക്ഷവിരുദ്ധ യുഗപതിപ്പത്തി അജ്ഞാനഭാവശ് ആത്മ കൽപ്പന്താണോ യഥാർത്ഥമായ ശരിയായ തത്വം അതെങ്ങനെയാണോ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് ശ്രോതാവിനകത്ത് ആ രീതിയിൽ ഗ്രഹിക്കാൻ പറ്റുന്നില്ല അത് മനസ്സിലാക്കുന്നുണ്ട് വിവക്ഷിതം പിടികിട്ടുന്നില്ല ശബ്ദാർത്ഥജ്ഞാനം ഉണ്ടാകുന്നുണ്ട് അതാണ് ശബ്ദാർത്ഥ ജ്ഞാനം ആയിരിക്കല്ലോ പലപ്പോഴും വിവക്ഷിതം ശ്രോതാവ് ഗ്രഹിക്കുന്നത് ഇപ്പോഴും എന്തായിരിക്കും ആ ശബ്ദാർത്ഥ ജ്ഞാനം എന്നുവെച്ചാൽ അതിന്റെ സ്ഥൂലമായ താല്പര്യത്തേക്കും വിവക്ഷിതം അതിലെത്രയോ സൂക്ഷ്മമാണ് എത്രയോ വ്യക്തമായി പറഞ്ഞു ശ്രുതിയുടെ ശ്രുതി എന്താണ് എന്താണ് ശ്രുതി എന്താണ് അതിന്റെ ശ്രുതി വീണ്ടും ചോദിക്കുന്നു നിത്യമേവ ശ്രുതൃത്വ അഭ്യൂഹമേ നിങ്ങൾ അങ്ങനെയൊരു നിത്യശ്രോതാപനം സ്വീകരിക്കുകയാണെങ്കിൽ സ്വീകരിച്ചല്ലേ പറ്റൂ സ്വീകരിക്കാൻ നിർബന്ധിതനാകുന്നതല്ല അത് സ്വീകരിച്ചേ പറ്റൂ അതാണ് വാസ്തവം ഒരു ഭിത്തിയിലാണ് എല്ലാ ചിത്രങ്ങളും വരികയും പോവുകയും ചെയ്യുന്നത് അത് അവിടെ മായ്ച്ചു കളയുന്നു വീണ്ടും വരയ്ക്കുന്നു വീണ്ടും മായ്ക്കുന്നു വീണ്ടും വരയ്ക്കുന്നു ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഭിത്തിയെ സ്വീകരിച്ച മതിയാകും ഭിത്തി കൂടാതെ ചിത്ര സാധ്യമല്ല ഇത് നിർബന്ധപൂർവല്ല അത് പരമാർത്ഥമാണ് വാസ്തവമാണ് ഭിത്തിസ്ഥാനീയമായ ആശ്രിതിയിലാണ് ഈ മറ്റ് ശ്രുതികളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മറ്റ് ശ്രവണമെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ചോദ്യകർത്താവ് ചോദിക്കുകയാണ് പ്രത്യക്ഷ വിരുദ്ധ പ്രത്യക്ഷത്തിന് വിരോധം വരും അത് ശരിയാണ് പ്രത്യക്ഷവിരോധം എന്ന് പറയുന്ന വാസ്തവമാണ് എന്താണോ ചിത്രത്തെ കണ്ട് ആസ്വദിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ചിത്രമാണ് പ്രത്യക്ഷം വിറ്റിയല്ല അവനെ സംബന്ധിച്ചിടത്തോളം എന്താണോ ശുഭ്രവർണത്തിലുള്ള ഭീതിയെല്ലാം മറിച്ച് നാനാവർണത്തിലുള്ള ചിത്രമാണ് പ്രത്യക്ഷമായിരിക്കും അവൻ പറയുന്നത് നിങ്ങൾ പറയുന്നത് ഈ കാണുന്നത് ശുഭ്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷ വിരുദ്ധമല്ല ഞാനും ശുഭ്രമല്ല കാണുന്നു ചിത്രത്തെ കാണുന്നു ചിത്രം എന്താണ് നാനാവർണമുണ്ടെങ്കിലേ ചിത്രമാവും അപ്പൊ അത് പ്രത്യക്ഷ ബിരുദ്ധമല്ലേ പറയുന്നു തത്വം അനുഭവത്തിന് വിരുദ്ധമാണ് അതുകൊണ്ടാണ് അവൻ ആ തള്ളിക്കളയത് ഇയാളെന്താ അസംബന്ധമാ പറയുന്നു ഈ സമയം വേറെ എന്തെങ്കിലും പണി ചെയ്യുക ആരോഗ്യമെങ്കിലും നന്നാവുമെന്ന് ചിന്തിക്കുന്ന അതുകൊണ്ടാണ് എന്തുകൊണ്ട് മുഠന്റെ അനുഭവത്തിൽ അവിടെ ശുഭ്രതയല്ല നാനാവർണങ്ങളാണ് സ്വ അനുഭവത്തിന് വിരുദ്ധമായി ഒരു കാര്യം പറഞ്ഞാൽ എങ്ങനെ സ്വീകരിക്കാൻ പറ്റും ഈ ക്യാൻവാസ് ശുഭ്രമാണെന്ന് പറഞ്ഞാൽ ആരാത് അംഗീകരിക്കും സ്വാനുഭവത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത് അത് സ്വീകരിക്കാൻ കഴിയില്ല അങ്ങനെ വരുമ്പോ എന്തുവരും നിങ്ങൾക്ക് പറയേണ്ടി വരും ആ ഏകമായ നിങ്ങൾ പറയുന്നതിന്റെ താല്പര്യം എന്താണോ ഇവിടെ ഈ ശ്രവണം മനനം ദർശനം സ്പർശനം ഘ്രാണം ഇതെല്ലാം ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിന്റെ പിന്നിൽ ഉള്ള ഒരു ചൈതന്യത്തിലാണ് അതാണ് പറയുന്നതിന്റെ താല്പര്യം അവിടെ ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഒന്നിലിതെല്ലാം സംഭവിക്കുന്നു കഴിഞ്ഞാൽ അത് മനസ്സിന്റെ ആവശ്യം എന്തോന്നു ഇവിടെ നിങ്ങൾ മനസ്സിനെ കൂടെ സ്വീകരിച്ചിരിക്കുകയാണ് ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് മനസ്സ് ആത്മാവ് ഈ ദൃശ്യം അതിനിടയ്ക്കും മനസ്സ് അതിന്റെ ആവശ്യമില്ലല്ലോ ഒന്നിൽ തന്നെ ഇത് സർവ്വത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു യുഗപത് ജ്ഞാനോത്പത്തി ഭിത്തിയും ചിത്രവും മാത്രമേ ഉള്ളൂ അതിലെന്ത് വരും യുഗപദ്ജ്ഞാനോത്പത്തി മനസ്സില്ലെങ്കിൽ ഇത് മനസ്സും ഇന്ദ്രിയങ്ങളുമായിട്ടുള്ള ബന്ധം കൊണ്ട് ജ്ഞാനം വരികയും പോവുകയും ചെയ്യുകയാണ് അല്ലാതെ നിത്യമായൊരു ജ്ഞാനമില്ല എന്നു വന്നുകഴിഞ്ഞാൽ എന്ന് സ്വീകരിച്ചാൽ മതിയാവും ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് ജ്ഞാനോത്പത്തി എന്നുള്ളൊരു ദോഷം വരും ഇന്ദ്രിയങ്ങളെല്ലാം സദാ സർവത്തേങ്കരിക്കാൻ തയ്യാറായിരിക്കുകയാണ് അതിന് പള്ളയെല്ലാം ഉണർന്നിരിക്കുകയാണ് ബഹിർമുഖമായിരിക്കുകയാണ് അല്ല എപ്പോഴും കാണുകയും കേൾക്കുകയും രുചിക്കും മണക്കുക എല്ലാം വേണം ഇതിന് തടയിടാൻ ഒരാൾ വേണം അതാണ് മനസ്സ് അത് ഒന്നിന്റെ പിന്നിൽ ചെല്ലുമ്പോൾ അത് പ്രവർത്തിക്കും മറ്റുള്ളതിനൊന്നും പ്രവർത്തിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് യുഗാനുപത്തി സംഭവിക്കാത്തത് ഇതെല്ലാം നിങ്ങൾ വളരെ ചിന്തിച്ച് യുക്തി യുക്തമായ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇതിനാണ് നിങ്ങൾ നിഷേധിക്കുന്നത് നിങ്ങൾ പറയുന്നത് എന്താണ് ഭിത്തിയിലെ ചിത്രം പോലെ ഇതെല്ലാം ഇങ്ങനെ ഒരു സ്ഥലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കും ആ ഭിത്തിക്ക് ഒരു മാറ്റമില്ല ഒരു ബോധത്തിൽ ഉള്ള സ്ഫുരണങ്ങളാണ് ഇതെല്ലാം ഇതംഗീകരിക്കാൻ പ്രയാസമുണ്ട് ഇതങ്ങനെയല്ല സംഭവിക്കുന്നു ഒരു ദ്രവ്യം ആ ദ്രവ്യത്തിൽ മനസ്സെന്ന് പറയുന്ന ഒരു വസ്തു അവിടെ അനേക ഇന്ദ്രിയങ്ങളെന്ന് പറയുന്ന വസ്തുക്കൾ അവിടെ ഈ മനസ്സും ഇന്ദ്രിയങ്ങളും പ്രത്യേക ചില നിയമവ്യവസ്ഥയനുസരിച്ച് ബന്ധപ്പെടുന്നു അപ്പോൾ പരസ്പരവില ജ്ഞാനം ഉണ്ടാകുന്നു അതാണ് ശ്രോതാവ് മന്ദാവ് വിജ്ഞാതാവ് ഇതാണ് ചോദ്യകർത്താവ് ധരിച്ചിരിക്കുന്നത് ഇത് സ്വീകരിച്ചില്ലെങ്കിൽ യുഗപത്തി ഉത്പത്തി മാത്രമല്ല അജ്ഞാനാഭാവൽ ആത്മാവ് അജ്ഞാനാഭാവത്തെ സ്വീകരിക്കേണ്ടി വരും ഇവരജ്ഞാനത്തെ സ്വീകരിക്കേണ്ടി വരും എന്തുകൊണ്ട് ശബ്ദത്തെ ശബ്ദജ്ഞാനമുണ്ട് അപ്പോൾ എനിക്ക് രൂപജ്ഞാനമില്ല രൂപജ്ഞാനത്തിൻ്റെ അഭാവം അല്ലെങ്കിൽ അതിൻ്റെ അജ്ഞാനമുണ്ട് ഇതൊക്കെ നിങ്ങൾ പറയുന്നത് സദാബോധം ഉണർന്നിരിക്കേണ്ട ഇനി ഇവിടെ അജ്ഞാനം വരുന്നത് ശ്രോത ശ്രുതേഹി ശ്രുതിക്ക് ശ സംഭവിക്കുന്നില്ല പറഞ്ഞിട്ട് ശ്രോത്രസിത്രം മനസ്സോ മനോയത് എന്ന് പറഞ്ഞു അത് തന്നെയാണ് ഇവിടെയും പറയുന്നു കേൾക്കുന്നുണ്ടല്ലോ ആ കേൾവിക്ക് ആധാരമായിരിക്കുന്നതാണ് ശ്രോതാവിന്റെ ശ്രുതി ഒരു കേൾവിക്കാരൻ അവിടെ സ്ഥിരമായിട്ടുണ്ടെന്നാണ് അപ്പൊ പിന്നെ എങ്ങനെ കേൾവിയെക്കുറിച്ചുള്ള അജ്ഞാനം വരും ഈ കാണലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാഴ്ചക്കാരനോട് മായാകു നിൽക്കുന്നതാണ് അപ്പോൾ കാണലിന്റെ അജ്ഞാനം അതങ്ങനെ സംഭവിക്കുന്നു സംഭവിക്കത്തില്ല അപ്പൊ ഇതുവരെയുള്ള തന്റെ ധാരണകളെയൊക്കെ തിരുത്തുന്നതാണ് അത് അംഗീകരിക്കാൻ സാധ്യമല്ല ചോദ്യകൃത്താവ് പറയൂ നമ്മൾ സംബന്ധിച്ചു അങ്ങനെയാണ് നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ അത് ശാസ്ത്രസമ്മതമായാലും ശരി യുക്തിക്ക് ബോധ്യപ്പെട്ടാലും ശരി ഇന്നുവരെയുള്ള നമ്മുടെ അനുഭവമായി പൊരുത്തപ്പെട്ടെങ്കിൽ നമ്മളതിനെ തള്ളിക്കളും തച്ച അനിഷ്ഠം ഇതെല്ലാം നിങ്ങളുടെ ഈ ശ്രോതശ്രുതി എന്ന് പറയുന്ന ഈ സിദ്ധാന്തത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജ്ഞാനോത്പത്തി അജ്ഞാനാഭാവം അനുഭവവിരുദ്ധം തുടങ്ങിയ ദോഷങ്ങളെല്ലാം വരും അത് സ്വീകരിക്കാൻ സാധ്യമല്ല അത് ശരിയല്ല ഉഭയദോഷത്തി നിങ്ങൾ പറഞ്ഞ രണ്ടു ദോഷങ്ങളോ ഇല്ല ആത്മനഹ ശ്രുത്യാദി ശ്രോതൃത്വാദി ധർമ്മപുത്ത ശ്രുതി കാരണം ശ്രുതി അത് പറഞ്ഞി പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടത് വരുന്നില്ല കാരണം ആത്മാവിനെ ഇവിടെ സർവസാക്ഷിയായി സ്വീകരിച്ചിരിക്കുന്നു സർവസാക്ഷിയായിരിക്കുന്ന ആത്മാവൻ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് ശ്രുതിയുടെ താല്പര്യം നമ്മളതിനെ ആഗന്ധവുമായി മനസ്സിലാക്കുന്നു എന്താണ് കണ്ണുകൊണ്ട് കാണുമ്പോൾ അവൻ കാണുന്നു ചെവി കൊണ്ട് കേൾക്കുമ്പോൾ അവൻ കേൾക്കുന്നു ഇതാണ് നമ്മൾ ധരിക്കുന്നത് പക്ഷെ അവനെന്താണ് കണ്ണില്ലാതെ കാണുന്നവനാണ് ചെവിയില്ലാതെ കേൾക്കുന്നവനാണ് മൂക്കില്ലാതെ മണക്കുന്നവനാണ് എന്നാണ് ശ്രുതി പറയുന്നത് എന്നുവെച്ചാൽ ഇതെല്ലാം സുസ്വരൂപമായി തന്നെ സ്ഥിതി സർവസാക്ഷിണം എന്ന് പറഞ്ഞു അതിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിനെല്ലാം സംഭവിപ്പിക്കുന്ന രൂപത്തിൽ അത് നിത്യമാണ് തസ്യഭാസ സർവമിധം വിഭാതി അതിന്റെ പ്രകാശത്തിൽ ഈ പ്രകാശങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിനാണ് ശ്രോതൃശ്രുതി എന്ന് പറഞ്ഞത് ആത്മസ്വരൂപമായ പ്രകാശത്തിൽ ശ്രവണം മനനം ദർശനം സ്പർശനം തുടങ്ങിയ ചെറിയ പ്രകാശങ്ങൾ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് പറയുന്നതിന്റെ താല്പര്യം ശ്രോതാവിന്റെ ശ്രോതാവ് എന്ന് പറയുന്നൊരു ദോഷവും അത് അനേക ദൃഷ്ടാന്തങ്ങളിലൂടെ ഇനി സമർപ്പിക്കും ശ്രുത്യാദി ശ്രോതൃത്വാദി ധർമ്മപൂത്ത് ശ്രുതേ അനിത്യാനാം മൂർത്താനാമിന്റെ ചക്ഷുരാധീനാം ദൃഷ്ട്യാദി അനിത്യവ സംയോഗിയോഗർമ്മന ഒന്ന് ശരിയാണെന്താണ് ഇത് നിത്യ ശ്രോതാവാണ് ഏതൊരു ചൈതന്യത്തെ ആശ്രയിച്ചാണോ ഈ ശ്രവണമിങ്ങനെ മാറി മാറി സംഭവിക്കുന്നത് ആ ചൈതന്യത്തിന് മാറ്റമില്ല പക്ഷെ ചൈതന്യത്തിലെ ശ്രവണം മാറിക്കൊണ്ടിരിക്കുന്നു ആ ശ്രവണത്തിന് കാരണമായിരിക്കുന്ന എന്തോ അത് നിത്യശ്ര നിത്യശ്രുതിയാണ് അതിനു നിത്യശ്രവണമെന്ന് പറയാം കാരണം അതിനെ ആശ്രയിച്ചിട്ടാണ് ഈ അല്പമായ ശ്രവണം ഉണ്ടായത് ഈ അല്പമായ ഈ ശ്രവണങ്ങളെല്ലാം ഏതൊരു ശ്രവണത്തെ ആശ്രയിച്ചിട്ടുണ്ടായോ അത് നിത്യമാണ് അതിനെ ആശ്രയിച്ചു തന്നെ ബാക്കി സർവ്വം സംഭവിക്കുന്നു അതുകൊണ്ട് അതിന് സർവസാക്ഷി എന്ന് പറയും അതിനിതെല്ലാം ഈ ധർമ്മങ്ങളെല്ലാം സംഭവിക്കുന്നു ഇവിടെ ഒന്ന് നിത്യമായ ചൈതന്യം മറ്റൊന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഈ അറിവ് അനിത്യമായ ചൈതന്യത്തെ പറയുന്നു നിത്യമായ ശ്രുതി മാറിക്കൊണ്ടിരിക്കുന്ന ഈ അറിവിനെ പറയുന്നു അനിത്യമായ ശ്രുതി എന്നാണ് ഇതിനെ ബോധിക്കേണ്ടത് അല്ലെങ്കിൽ ശ്രുതിവാക്യങ്ങളിൽ വൈരുദ്ധ്യം വരും അനിത്യാന മൂർത്താനം ഇത് ചക്ഷുരാധീന ദുഷ്ടാതി അനിത്യമേവ സംയോഗിയോഗുരാധി വസ്തു ഇന്ദ്രിയങ്ങൾ ഇത് സ്ഥായില്ല ഇതുണ്ടാകുന്നു നശിക്കുന്നു മൂർത്തമായ രൂപങ്ങളുണ്ട് ഇതിൻ്റെ കാഴ്ച കാണൽ കേൾക്കൽ മണക്കൾ രുചിക്കൽ ഇതെല്ലാം അനിത്യം തന്നെ എന്തുകൊണ്ട് സംയോഗവിയോഗർമ്മിണ അതിന് സംയോഗവിയോഗങ്ങളുണ്ട് ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമായി സംയോഗത്തിൽ വരുന്നു ബന്ധത്തിൽ വരുന്നു അപ്പോൾ അതാത് വിഷ് ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങളുണ്ടാകുന്നു ഇതേ ഇന്ദ്രിയങ്ങളിൽ തന്നെ ഈ വിഷയങ്ങളിൽ നിന്ന് വിയോഗത്തിൽ വരുന്നു വേറുപെടുന്നു അപ്പോൾ ആ അനുഭവങ്ങളെല്ലാം നശിക്കുന്നു ഇത് ബാഹ്യമായി സ്ഥലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കേവലം ഇന്ദ്രിയങ്ങൾക്കും വിഷയങ്ങൾക്കും ചേർന്ന് ഈ അറിവിനെ ഉണ്ടാക്കാൻ കഴിയുമോ അത് കഴിയില്ല മറിച്ച് ഇതിന്റെ പിന്നിലൊരു ചൈതന്യമുണ്ട് അതിന്റെ സാന്നിധ്യത്തിൽ മാത്രമാണ് ഇന്ദ്രിയങ്ങൾക്ക് ഈ അറിവുകളെ സൃഷ്ടിക്കാൻ കഴിയുന്നത് വിഷയബന്ധത്തിൽ അപ്പോൾ വിഷയബന്ധത്തിലുണ്ടാകുന്ന ഈ അറിവുകൾ അനിത്യമാണ് അത് ഉണ്ട് ശ്രുതി പറഞ്ഞു എന്താണ് ഈ ശ്രവണ മലനങ്ങളെല്ലാം അനിത്യമാണെന്ന് പറഞ്ഞു അഗ്നിയുടെ ജ്വലനം തൃണാദി സംയോജത്വ അഗ്നിയെ നോക്കുക അഗ്നിന്റെ സമീപത്തിൽ തൃണത്തെ ഉണക്കപ്പുല്ല് കൊണ്ടുവരുന്നാൽ അതൊന്ന് ജ്വലിക്കും പക്ഷെ അത് നശിച്ചു പോകും ആ ജ്വലനം നീക്കത്തില്ല ആ ജ്വലനത്തിനെന്തെയ്യും അത് തൃണത്തെ ദഹിപ്പിക്കുക അതോടി അഗ്നിയും നശിച്ചു ഇതുപോലെയുള്ള ഈ അറിവുകളെല്ലാം ഉള്ളിലൊരഗ്നിയും ആ അഗ്നിയുടെ സാന്നിധ്യത്തിൽ വിഷയങ്ങളാകുന്ന തൃണങ്ങൾ വരും തൃണങ്ങൾ വരുമ്പോൾ ഉള്ളിലിരിക്കുന്ന മുഖ്യമായ അഗ്നി അതൊന്ന് ജ്വലിക്കും അതാണ് ഈ അറിവ് ശ്രവണം മനനം ദർശനം സ്പർശനം എല്ലാം ഉള്ളിലിരിക്കുന്ന അഗ്നിയുടെ ജ്വലനമാണ് അതിനാണ് ഈ ദൃഷ്ടാന്തം ആ ജ്വലിക്കുന്നു എങ്ങനെയാണ് ഇവിടെ ആ ദഹിക്കുമ്പോൾ ആ ജ്വാലും നശിച്ചു അതുപോലെ വിഷയത്തിന്റെ വിയോഗം വരുമ്പോൾ വിഷയത്തിൻ്റെ സംയോഗം വരുമ്പോൾ ആ ഉള്ളിലിരിക്കുന്ന അഗ്നി ദീപം ചൈതന്യം ഒന്ന് ജ്വലിക്കും ഉടനെ ഒരു അറിവുണ്ടായി ആ വിഷയബന്ധിയായ അറിവ് ആ വിഷയത്തിന്റെ വിയോഗം വരുമ്പോഴോ അതങ്ങ് നശിച്ചു ഇത് അഗ്നിയെ ബാധിക്കുന്നുണ്ടോ ഇല്ല അഗ്നി ഏക രൂപത്തിൽ തന്നെ ഇരിക്കും അതിന്റെ അടുത്ത് തൃണം വരുന്നതും പോകുന്നതും അഗ്നിയെ ബാധിക്കുന്നില്ല അതുകൊണ്ട് അഗ്നിയിൽ നിന്നൊരു തീപ്പരി ഉണ്ടായിരുന്നേ ഉള്ളൂ അഗ്നി ഒരേപോലെ ജലിച്ചുകൊണ്ടേയിരിക്കുന്നു ഇനി വേറൊരു തൃണം വന്നു കഴിഞ്ഞാൽ വീണ്ടും അതിൽ നിന്നും ഒന്നുകൂടി ഉണ്ടാവും ഈ വന്നു പോകുന്നതൊന്നും അഗ്നിയെ ബാധിക്കുന്നില്ല അതുപോലെ ഇത് സ്വയം പ്രകാശിക്കുന്ന ചൈതന്യമാണ് ആ സ്വയം പ്രകാശിക്കുന്ന ചൈതന്യത്തിൽ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങൾ മനസ്സ് അങ്ങനെ എന്തൊക്കെയോ എന്തൊക്കെ വരാമോ അതല്ല അതിൻ്റെ എല്ലാം സാമീപ്യത്തിൽ അവിടെ അതിൻ്റെ എല്ലാം പ്രവർത്തനം കൊണ്ട് ഒരു ചൈതന്യം ഒരു ചൈതന്യസ്ഫുരണം ആ നിങ്ങൾ പറയുന്നത് ദർശനം ശ്രവണം സ്പർശനം മനനം അതനിത്യമാണ് തന്നെ കാരണം അത് വിഷയ ഇന്ദ്രിയ സംയോഗ വിയോഗങ്ങളെ ആശ്രയിക്കുന്നു അതുകൊണ്ട് അതിനെ അനിത്യമായി സ്വീകരിക്കാം അതേസമയം അഗ്നി നിത്യമാണ് ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യം അത് സദാപ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു അതിന് ഈ രീതിയിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ ശ്രുതിയുടെ താല്പര്യത്തെങ്ങനെ മനസ്സിലാകും ഇതെല്ലാം പറഞ്ഞു വരുന്നതിന് വേണ്ടിയിട്ടാണ് എവിടെ മുതലായി മൂന്നാണ്യ ആത്മാനഹ ആത്മാക്കൾ മൂന്നാണ് അതല്ല ഇതൊന്നുകൊണ്ടൊന്ന് സമ്മർദ്ദിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദീർഘമായ നമ്മൾ തുടങ്ങിയിട്ടും മറന്നുപോലെ ചർച്ചയിലൂടെ കടന്നുപോകുന്നു അത് സൃഷ്ടുപ്രാവശ്യ എന്ന് പറയുന്ന ഭാഗത്ത് തുടങ്ങിയാണ് സൃഷ്ടി കർത്താവ് തന്നെയാണ് സർവജീവഭാവങ്ങളിൽ ഇരിക്കുന്നത് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതിനെ അംഗീകരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടില്ല കാരണം അത് നമ്മൾ മറന്നുപോയി അതിനകത്ത് അംഗീകരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല ഇവിടെ ചോദ്യകർത്താവ് അതൊന്നും മറന്നിട്ടില്ല അത് മനസ്സിയിരിക്കുമ്പോൾ അത് അംഗീകരിക്കാൻ പ്രയാസം അതുകൊണ്ടാണ് അതുകൊണ്ട് രണ്ടായി മനസ്സിലാക്കണം ഒന്ന് ആഗന്ധകമായ ജ്ഞാനം വന്നു ജ്ഞാനം അതുണ്ടായി നശിക്കുന്നു ഒന്ന് നിത്യമായ ജ്ഞാനം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കിയെങ്കിലും മനസ്സിലായില്ല അതാണ് അതിൽ ദോഷം നമ്മൾ മനസ്സിലാക്കുന്നതിന് പോരായ്മകൾ വരുന്നു ആ പോരായ്മകളെയാണ് അജ്ഞാന സംശയവിര്യങ്ങളെന്ന് പറയുന്നു നമ്മൾ മനസ്സിലായിട്ടും മനസ്സിലാകാതിരിക്കുന്നു അതിനെ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീണ്ടും അതിനെ വേറെ തരത്തിൽ അവതരിപ്പിക്കുന്നത് അത് നിത്യസ് അമൃതസ്യ അസംയോഗ വിഭാഗധർമ്മിണ സംയോഗൃഷ്ടാദ്യധർമ്മത്വം സംഭവതി അതിനെ തന്നെ ശ്രദ്ധാന്തി വിശദീകരിക്കുകയാണ് ഒന്ന് നിത്യമായ ചൈതന്യം അമൂർത്തമായ ചൈതന്യം സംയു സ്വയം പ്രകാശിക്കുന്ന സംയുത്വർ അത് നമ്മൾ പറയുന്നു സർവസാക്ഷി ആയിരിക്കുന്ന ചൈതന്യം അത് തന്റെ തന്നെ സ്വരൂപമായി സദാപ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് അനുപ്രവേശം ചെയ്തിരിക്കുന്നത് സൃഷ്ടിച്ചിട്ട് അനുപ്രവേശം ചെയ്തിരിക്കുന്നത് അത് ഏകമാണ് മൂന്നല്ല ത്രയാത്മാനഹ എന്ന് പറഞ്ഞ ഏകത്തെ തന്നെ മൂന്നായി പറയുകയാണ് ജീവനായി പരബ്രഹ്മമായി ഈശ്വരനായി അതിന് ആ സംയോഗ വിഭാഗ ധർമ്മ അതിൽ സംയോഗ വിഭാഗങ്ങളൊന്നും സംഭവിക്കുന്നില്ല അതൊരു ശരീരത്തിനൊന്നുള്ള കണക്കിലല്ല സർവശരീരത്തിനും ഏകമായിരിക്കും ഒന്നായിരിക്കും ഒരേ രൂപത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നിഷേധിക്കാൻ ആ സംയോഗ വിഭാഗധർമ്മന അവിടെ സംയോഗ വിഭാഗങ്ങളൊന്നുമില്ല സംയോഗജ ദൃഷ്ടിയാദ്യ അനിത്യ ധർമ്മവത്ത് സംഭവിക്ക അതിൽ എന്താണ് സംയോഗജ ദൃഷ്ടി സംയോഗം കൊണ്ട് ഉണ്ടാകുന്ന ദൃഷ്ടി അതാണ് രണ്ടാമത് പറഞ്ഞെന്താണ് കാണലും കേൾക്കലും രുചിക്കലും സ്പർശിക്കലും ഈ അറിവുകൾ അതൊന്നും അവിടെ അതിലല്ല അത് വേറെയാണ് മാറിയാണ് കുറച്ച് ദൂരമായിട്ടാണ് ഒന്ന് നമുക്ക് പറയാൻ മനസ്സിലാക്കാൻ വേണ്ടി ആന്തരികം മറ്റൊന്ന് ബാഹ്യം ബാഹ്യമായിട്ടാണ് ഈ സംയോഗജ ദൃഷ്ടി ഇന്ദ്രിയ അർത്ഥബന്ധം കൊണ്ടുവരുന്ന ഈ നനാറുകൾ അനിത്യധർമ്മം അത് അനിത്യമാണ് സംബന്ധിച്ചത് അഗ്നിയുടെ ഉദാഹരണം പറഞ്ഞല്ലോ അതൃണത്തിന്റെ സംയോഗത്തിലുള്ള ആജ്വാല അതനിത്യമാണ് പക്ഷെ അഗ്നി അനിത്യം അതിലനേക തൃണങ്ങൾ വരാം അനേകജ്വലകൾ വരാം അഗ്നിയിൽ അനാധികാലമായി അനേക തൃണങ്ങൾ വന്ന് അനേക ജ്വലകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അഗ്നി നശിച്ചോ ഇതുവരെ അഗ്നി നശിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇന്നും അഗ്നി തൃണവും ജ്വാലകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അഗ്നിക്ക് നാശം പക്ഷെ സമീപകറ്റ ദൃഷ്ടി ഈ അറിവുകളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നു ശ്രുതി ഇതെല്ലാം പറയുന്നുണ്ട് അത് അശ്രോതാവായിരിക്കുന്നു എന്ന് പറയുന്നു ഈ ദൃഷ്ടി അവിടെ നശിച്ചിരിക്കുന്നു അത് ശ്രോതാവായിരിക്കുന്നു എന്ന് പറയും ആ നിത്യ ശ്രോതാവായതിരിക്കുന്നു സ്വയം പ്രകാശിക്കുന്ന നിത്യസംയുക്തായ അത് സ്ഥിതി ചെയ്യുന്നു തഥാത് ശ്രുതിഹു ദൃഷ്ടേ വിപരിലോഭു വിദ്യ ഇത്യാദിയ ശ്രുതിയ ഭാഷകാരൻ ഭൃധാരൃത്തിൽ ഉള്ളതാണ് വളരെ ഭാഗങ്ങളിത് ഉദ്ധരിക്കുന്നുണ്ട് ഇതിനകം തന്നെ നമ്മൾ പല ഭാഗത്തും ഇത് ചർച്ച ചെയ്തതാണ് ഇവിടെ അത് കുറച്ച് വിശദമായി വിപുലമായിട്ടത് ചർച്ച ചെയ്തു ദൃഷ്ടിക്കും സ്വയം പ്രകാശത്തിനും മങ്ങലല്ല മറ്റു വരുന്ന പ്രകാശങ്ങളെല്ലാം മാറിപ്പോകുന്നു ആ സ്വയം പ്രകാശമാണ് ഇതിന്റെ സ്വരൂപം അനിത്യമാണ് അപ്പോഷയുമാണ് നശിക്കുന്നതല്ല സിഷ്ടമല്ല അതിനെ പറയാം നിത്യശ്രുതി ആത്മാവ് ആ നിത്യശ്രുതിരൂപമാണോ നിത്യദൃഷ്ടരൂപമാണോ യവൻ ദ്രോഹി ദ്വേദൃഷ്ടി ചക്ഷുഷു അനിത്യാദൃഷ്ടിത്യാചാത്മ ഇപ്പം മനസ്സിലാകുക എന്താണോ ദ്വേശ്രുതി ദ്വേ ദൃഷ്ടി രണ്ട് ദൃഷ്ടിയുണ്ട് അദ്വൈതത്തിലെ ദ്വൈതം എന്തൊക്കെയാണ് ചക്ഷുഷോ നി അനിത്യ ഈ കണ്ണിന്റെ കാഴ്ച അനിത്യം എല്ലാർക്കും തർക്കമില്ല ഇന്ന് കണ്ടത് നാളെ കാണുന്നില്ല ഇന്നറിഞ്ഞ നാളെ വിസ്മരിക്കുന്നു പുതിയാരും ഉണ്ടാവുന്നു നിത്യച്ചാത്മന ഇനിയും മറ്റൊരു ദൃഷ്ടിയുണ്ട് ഇതാരാ ഇന്നലെ ഇന്നും കണ്ടത് ും കാണുന്നവനുണ്ടല്ലോ നാളെയും കാണുന്നവൻ അത് നിത്യദൃഷ്ടി ആത്മദൃഷ്ടി ആത്മസ്വരൂപമായ ദൃഷ്ടി ഇതെന്നെ രണ്ടിനെയും കണക്കിലെടുത്തുകൊണ്ടാണ് ശ്രുതി പറയുന്നത് ഒന്നിനു മാത്രം സ്വീകരിക്കരു തഥാ ചദ്വശ്രുതി ശ്രോത്രസേ അനിത്യ രണ്ട് ശ്രുതി ഉണ്ട് ഒന്ന് ഈ കാണുന്ന ചെവിയുടെ ശ്രുതി അത് അനിത്യമാണ് നിത്യ ആത്മ സ്വരൂപസ്യ ആത്മസ്വരൂപമായ ഒരു ശ്രുതിണ്ട് നിത്യം ശ്രോത്രോത്രം എന്ന് പറഞ്ഞു ഏതെന്തിനാണോ അനിത്യമായ ഈ ശ്രവണം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു അനാദിയായി അനന്തമായി അനിത്യശ്രുതിയാണ് തഥദ്വീം മതി വിജ്ഞാദി ബാഹ്യ ബാഹ്യേ മനനം വിജ്ഞാനം സർവത്തെ സംബന്ധിച്ച് ഇത് തന്നെ സ്വീകരിക്കാം ഒന്ന് ബാഹ്യം പുറമേ ബാഹ്യം എന്തുകൊണ്ടാണ് പറഞ്ഞത് ഇന്ദ്രിയങ്ങൾ ബഹിർമുഖങ്ങളാണ് വിഷയ സംയോഗം വരുന്നു ബഹുർമുഖമായി ജ്ഞാനം ഉണ്ടാകുന്നു വാസ്തവത്തിൽ ഒന്നും പറവർതിരിക്കാൻ പക്ഷേ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങൾ തുടങ്ങി ഉപാധികൾ സ്വീകരിക്കുമ്പോൾ ഒന്ന് ബാഹ്യം മറ്റൊന്ന് അബാഹ്യം അന്തരം സ്വസ്വരൂപം ഇത് അംഗീകരിക്കുന്നതിന് പ്രയാസം മനസ്സിലാക്കുന്നതിന് എന്താ ബുദ്ധിമുട്ട് ഇതില്ലാതെ എങ്ങനെ ബാഹ്യം സംഭവിക്കും ഭിത്തിയില്ലാതെ എങ്ങനെ ചിത്രം ഉണ്ടാകും ഇം ശ്രുതിരുപന്നാഭോതി ഇതിങ്ങനെ മനസ്സിലാക്കണം എങ്ങനെയാണോ വിശദീകരിച്ചത് ആ രീതിയിൽ തന്നെ മനസ്സിലാക്കണം എന്നാൽ മാത്രമേ ഇം ശ്രുതി ഉപപന്നാഭോതി ഈ ശ്രുതിയെല്ലാം പരസ്പര വൈവിധ്യമില്ലാതെ യുക്തിയുക്തമായി തീർ എന്ന് പറഞ്ഞാൽ പറയുന്നത് നിങ്ങൾ പറയുന്ന പോലെ ഇത്ര ആത്മാനഹം മൂന്നാത്മാവെന്നും മറ്റും പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അതൊന്നും ശ്രുതിക്ക് ചേരുന്നതല്ല ശ്രുതിക്ക് വിരോധമാകും ശ്രുതി വിരുദ്ധം വരും ശ്രുതിവിരുദ്ധമാകും അതുകൊണ്ട് ഈ സ്വീകരിച്ചേ പറ്റൂ നിങ്ങൾ ശ്രുതിയെ പ്രമാണമായി സ്വീകരിക്കുന്നു യുക്തിയെയും അനുഭവത്തെയും അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ അദ്വീതമേ ഉള്ളൂ രക്ഷ മറ്റൊന്നിനെ സ്വീകരിക്കാൻ സാധ്യമല്ലെന്നാണ് പറഞ്ഞു വരുന്നത് അവിടെ മാത്രമേ ഇത് യോജിപ്പിക്കാൻ പറ്റൂ എന്നാണ് ദൃഷ്ടേഹേ ദുഷ്ട ശ്രുതേഹേ ശ്രോത ഇതൊക്കെ വേറെ ഇവിടെ യോജിക്കൂ വേറെ ഏത് സിദ്ധാന്തത്തിലായത് ദോഷമില്ലാതെ യോജിക്കുന്നു അതുകൊണ്ട് ശ്രുതി ഉപപന്നമാകണമെങ്കിൽ എല്ലാവരും ഇവിടെ ചർച്ച ചെയ്യുന്ന ആസ്വികന്മാരാണ് ശ്രുതിയെ പ്രമാണമായി സ്വീകരിക്കുന്നവരാണ് അവർക്ക് ശ്രുതിയെ നിഷേധിക്കാൻ കഴിയില്ല മാസ്തികനോട് ഈ ചർച്ചയുടെ ആവശ്യമല്ല അടുത്ത് പറയും മൂഢനെ ബോധിപ്പിക്കാൻ വേണ്ടി അല്ല ഇത് മൂഢനെ ഇതൊട്ടും ബോധിപ്പിക്കാൻ സാധ്യമേ അല്ല മൂഢനെ ബോധിപ്പിക്കാൻ വേണ്ടി സമയം കളയുന്നില്ല ശ്രുതിയും കളയുന്നില്ല മറ്റ് ശാസ്ത്രങ്ങൾ അതിനുവേണ്ടി സമയങ്ങളിൽ നിന്നുള്ളത് അസാധ്യമായ കാര്യമാണ് ബോധിക്കത്തില്ല അതിനുവേണ്ടിയല്ല ശാസ്ത്രം ശാസ്ത്രമൂഢന് വേണ്ടിയല്ല അവിടുത്തെ ദൃഷ്ടാന്തസഹിതം പറയും ബോധിപ്പിക്കാൻ ഒരു വഴിയോ ആ വഴി മൂഢന് പറ്റിയതല്ല നടത്തു പറയും ദൃഷ്ടാന്തത്തിലൂടെ പറയുന്നു ലോകേവി പ്രസിദ്ധം ചക്ഷുഷ തിമിര അപകമ അപായൂർ നഷ്ട ദുഷ്ടജാഥ ദുഷ്ടരി ചുധുഷ്ടനിത്യത്വം നമ്മുടെ നാട്ടിൽ ലോകത്തില സ്വാനുഭവത്തിൽ നടത്തും ജീവന്മാരുടെ അനുഭവത്തിനും കാണുന്നുണ്ടല്ലോ തിമിര ആഗമ അപായ അതിനെ നീക്കം ചെയ്യുന്നു ആഗമം വന്നുചേരുന്നു പ്രായം കുടുംബ വരും അപായം ഓപ്പറേഷൻ ചെയ്താൽ മാറ്റിക്കളെ വരുമ്പോ എന്തു പറയുന്നു നഷ്ടാദൃഷ്ടിഹി ജാഥാദൃഷ്ടിഹി തിമിരം നല്ലവണ്ണം പാകമായി കഴിഞ്ഞാൽ നഷ്ടാദൃഷ്ടി ഒന്നും കാണുന്നില്ല പറയും ഒരു മറ പോലെ ഒരു നേടുപോലെയുള്ളു എന്റെ ദൃഷ്ടി പോയി എന്ന് പറയും കാഴ്ച പോയി അതേ തിമിരത്തെത്തുന്ന മാറ്റിയാലോ ജാഥാ ദൃഷ്ടിയ എനിക്ക് കാഴ്ച വീണ്ടും കിട്ടിയെന്ന് പറയും ചക്ഷുദൃഷ്ടനിത്യത്വം ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഈ കണ്ണിന്റെ കാഴ്ച അനിത്യമാണോ അത് അംഗീകരിക്കാം എന്തുകൊണ്ട് ആ തിമിര ഇരിക്കുമ്പോൾ തിമിരത്തെ നീക്കാതെ കാഴ്ച ഉണ്ടാക്കാൻ പറ്റത്തില്ല മൂഢത ഇരിക്കുമ്പോൾ വിവേകപൂരത്തിന് ഭൂഷണമാകത്തില്ല അത് സാധ്യമല്ല അവനവിവേകിയായി തുടരാൻ പറ്റും വിവേകം എന്ന് പറയുന്ന മൂഢത്തെ മാറ്റിവരുന്നാണ് ഇരുട്ടിനെ മാറ്റിവരുന്നതാണ് വെളിച്ചം തഥാച്ച് ശ്രുതിമത്യാദീനാം ആത്മദിഷ്ടീനാം നിത്യത്വം പ്രസിദ്ധമേവ ലോകെ വധതി ഹി ഉദ്ധൃതചക്ഷു സ്വപ്ന ഭ്രത താധിജ്യ മന്ത്രു അദ്ദേഹം ദൃഷ്ടാന്തം പറയുകയാണ് ശ്രുതിമത്യാദീന ആത്മദുഷ്ടദീന നിത്യത്വം പ്രസിദ്ധം ഒരാൾക്ക് കാഴ്ച ഉണ്ടായിരുന്നു അതിനെല്ലാം കണ്ട് അനുഭവിച്ചിരുന്നു കഷ്ടകാലത്തിന് കണ്ണിനും ദോശം കണ്ണ് നീക്കം ചെയ്യേണ്ടി വന്നു ഉദ്ധൃതചക്ഷൻ ഉദ്ധൃതചക്ഷിരുന്നു കാഴ്ച നേരത്തെ ഉണ്ടായിരുന്നു കണ്ണിന് രോഗം വന്നപ്പോൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കണ്ണിനെ മാറ്റി അങ്ങനെ ചെയ്യാറുണ്ടല്ലോ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവരവയവത്തെ മുറിച്ച് മാറ്റം അവരെ കണ്ണു മാറ്റി അവന് ഉദ്ധൃത്തിച്ചു ഇന്നലെ വരെ അവൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ല ഇന്ന് അവനവന്റെ ഭ്രാതാവിനെ കാണാൻ പറ്റുന്നില്ല ഭ്രാതാവിനോട് വളരെ സ്നേഹമുണ്ട് ഭ്രാതാവിനെ കാണാതെ അവന് ഇരുന്നിട്ടില്ല ഇതുവരെ ആഗ്രഹമുണ്ട് ഭ്രാതാവിനെ കാണുന്നുണ്ട് പക്ഷെ കണ്ണില്ല കണ്ണിലിണ്ണും പോയി പക്ഷെ അവൻ അന്ന് തന്നെ സ്വപ്നം കണ്ട് രാത്രി സ്വപ്നത്തിന് അവൻ പ്രാധാമനെ കണ്ടു അതങ്ങനെ കണ്ടു കണ്ണില് അപ്പൊ ഈ കണ്ണുകൊണ്ടല്ലോ കാണുന്നു സംഭവിക്കുമ്പോ സംഭവിക്കാം സംഭവിക്കുന്നതിന് ദോഷമൊന്നുമില്ല കണ്ണില്ലാത്ത ഒരു സ്വപ്നത്തിൽ കാണുമോ കാണാം കണ്ണടച്ചു കിടന്നുറങ്ങിയിട്ട് സ്വപ്നത്തിൽ കാണുന്നില്ലേ പിന്നെന്താ കണ്ണില്ലാതെ കാണുന്നേ കണ്ണടച്ച് കിടന്നില്ലേ ഉറങ്ങുന്നു എന്നാലും കാഴ്ചകളെല്ലാം കാണുന്നില്ലേ സ്വപ്നത്തിൽ അടഞ്ഞ കണ്ണാണോ കണ്ടത് അല്ലല്ലോ അവിടെ കണ്ട തുറന്ന അതുപോലെ ഈ കണ്ണ് നഷ്ടപ്പെട്ടാലും സ്വപ്നത്തിൽ കാണുന്നുണ്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ കാണാൻ കഴിയുന്നത് അപ്പൊ കണ്ണിന്റെ കണ്ണവിടെയുണ്ട് അതെല്ലാം കാണിക്കുകയാണ് അതാണ് വാസ്തവത്തിൽ ഈ കണ്ണിലൂടെ കാണുന്നത് ഈ കണ്ണല്ല അതാണ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് കണ്ണിന്റെ കണ്ണായി ഒന്നുണ്ട് സർവത്തെയും കാണുന്ന കണ്ണ് വാസ്തവത്തിൽ ആ കണ്ണിലാണ് ഈ കാഴ്ചയും നടക്കുന്നത് ഇവിടെ ഈ ജാഗ്രത്തിൽ ആ കാഴ്ചയ്ക്ക് കേവലം ബാഹ്യമായ ഒരു നിമിത്തം മാത്രമാണ് ഈ കണ്ണ് ഇത് ജാഗ്രത്തിൽ മാത്രമേ ഉപകരിക്കൂ ജാഗ്രത്തിൽ ഉപകരിക്കുന്നത് സ്വപ്നത്തിൽ ഉപകരിക്കണമെന്നില്ല അതുകൊണ്ടാണ് ആ കണ്ണു പോയിട്ടും അവന് സ്വപ്നത്തിൽ കാണാൻ പറ്റിയത് അപഗത ബാധിജിഹെ ഭേദം നിരന്തരം ചെല്ലിക്കൊണ്ടേ വേദം ചൊല്ലുക എന്ന് പറഞ്ഞാൽ കേട്ടാ കഴുത് എഴുതി പഠിക്കുകയാണ് ഇന്നത്തെ പോലെ ഗുരു ചൊല്ലിക്കൊടുത്തു അത് കേട്ടുകൊണ്ടേ ശീലിച്ചു അതെ നിരന്തരം വേദശ്രവണം സ്വഭാവമായി മാറി കഷ്ടകാലത്തിന് സുപ്രഭാവത്തിന് ചെവി കേൾക്കാതെ ചെവിക്ക് കേടുപറ്റിയത് ബാധ്യജിയ ബാധ്യജീ വേദം കേൾക്കാൻ പറ്റൂ പറ്റത്തില്ല പക്ഷേ അയാൾക്കുള്ള ആഗ്രഹം ഉള്ളതാണ് എന്നും വേദം കേൾക്കണം പിന്നെന്താ നിവൃത്തി സ്വപ്നത്തിലാണ് വേദം കേൾക്കുന്നത് സംഭവിക്കാമല്ലോ എന്താ ഈ ചെവി ആണോ അല്ല കാരണം ഇത് നശിച്ചുപോയി എന്നിട്ട് സ്വപ്നത്തിൽ കേൾക്കുന്നു ഓ ശ്രോത്ര ശ്രോത്രം ഏത് ചെവിയിലൂടെ അവിടെ കേട്ടത് അപ്പോൾ വാസ്തവത്തിൽ കേൾക്കുന്നത് ഈ ചെവി കൊണ്ടല്ലോ ഈ ചെവി ഇല്ലാതിരുന്നിട്ടും കേട്ടു വേദത്തിൽ മന്ത്രം വേദമന്ത്രം ഇപ്പം നമ്മൾ ധരിക്കുന്നത് എന്താണോ ഈ കണ്ണുകൊണ്ടാണ് കാണുന്നത് ഈ ചെവി കൊണ്ടാണ് കേൾക്കുന്നത് അത് ശരിയല്ല എന്നാണ് ഇത് നശിച്ചാലും കേണുകയും ചെയ്യാം വളരെ സ്പഷ്ടമായിട്ട് തന്നെ കേൾക്കാം വളരെ സ്പഷ്ടമായിട്ട് തന്നെ കാണാം അവിടെ ആണ് വാസ്തവത്തിലുള്ള ചെവി വാസ്തവത്തിലുള്ള കണ്ണ് അപ്പോൾ കണ്ണ് നിത്യമാണ് ചെവി നിത്യമാണെന്ന് വേദം പറയുന്നൊരു ദോഷം വല്ലതും ാണ് ഭാഷകാരൻ ചോദിക്കുന്നത് സ്വപ്നേശ്വരതോ മന്ത്രോ അധ്യ ഇന്ന് ഞാൻ വേദം ശ്രവിച്ചു ഇതിനൊരു അസ്വാഭാവികതയില്ല സംഭവിക്കാം അപ്പൊ നമ്മൾ ധരിക്കുകയാണ് ഈ ചെവിയാണ് കേൾക്കുന്നത് ഈ കണ്ണാണ് കാണുന്നത് അത് ശരിയല്ല ഇതൊന്നും ഇല്ലാതിരുന്നാലും കാണിക്കും വരികയും ചെയ്യും ീ ജാഗ്രത അത് സാധ്യമല്ല ഈ ജാഗ്രത്തിൽ കേൾക്കണമെങ്കിൽ ഈ കണ്ണു ഈ ചെവിയും പക്ഷെ ഈ ജാഗ്രത ഇല്ലാത്തിടത്തും താനുണ്ട് അവിടെത്തന്നെക്ക് ശ്രവണവും ദർശനവും ഉണ്ട് അവിടെയുണ്ടല്ലോ ചെവി അതാണ് വാസ്തവത്തിലുള്ള ചെവി അതാണ് ദ്രഷ്ടുഹു ദൃഷ്ടേഹി ദ്രഷ്ടാവിന്റെ ദൃഷ്ടി അതവിടെയുണ്ട് എന്നടക്കം അതാണ് വാസ്തവത്തിലുള്ള ചെവി അത് വളരെ യുക്തിയുക്തമായ ദൃഷ്ടാന്തത്തിലൂടെ ഭാഷകാരൻ വ്യക്തമാക്കിയിരിക്കുന്നു അങ്ങനെ വേണം ലോകോ വിദ്യതേ എന്ന് പറയുന്ന ശ്രുതിയുടെ താല്പര്യത്തെ മനസ്സിലാക്കാനാണ് എനി ചക്ഷു സംയോഗ ആത്മനു അനിത്യ ദൃഷ്ടിഹി തന്നാശി നശീത് തഥാ ഉദ്ധൃതചക്ഷു സ്വപ്നെ നീലപീത ദിനുന്ന ഈ ജ്ഞാനം കാഴ്ച നിങ്ങൾ പറയുന്നു ചക്ഷു സംയോഗ ഇതിനും മറ്റൊന്നും വേണ്ട ഈ കണ്ണം ഈ രൂപവും തമ്മിലുള്ള ബന്ധം കൊണ്ടും മാത്രം ഉണ്ടായതാണ് എനിക്ക് ഉണ്ടായ ജ്ഞാനം ഇത് മാത്രമാണ് എന്റെ കണ്ണും എന്റെ വിഷയങ്ങളും തമ്മിൽ ബന്ധപ്പെട്ടു അതുകൊണ്ട് മാത്രമാണ് എന്നാ ഇന്ന് വായിച്ച് കറക്റ്റാണ് എന്നാലും ഇന്നലെ തന്റെ പ്രായചിത്തമായിട്ട് ഞാൻ കുറച്ചുകൂടെ നീട്ടുകയാണ് ചക്ഷു സംയോഗ ആത്മനോ അനിത്യാദൃഷ്ടി അങ്ങനെ പറയുന്നു ഒരാൾ പറയണല്ല ചക്ഷു സംയോജ ഏവ ഇന്ദ്രിയവും എന്റെ കണ്ണും വിഷയവും തമ്മിലുള്ള ബന്ധം കൊണ്ട് മാത്രം പണീ ഞാനും ഉണ്ടായത് അനിത്യാദൃഷ്ടി കാഴ്ച തന്നാശേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കണ്ണില്ലെങ്കിൽ കാഴ്ച ഉണ്ടാവത്തില്ല തഥാ ഉദ്ധൃത ചക്ഷു സ്വപ്നെ നീലപീതാദിനെ പശിയത് അങ്ങനെയാണെങ്കിൽ ഈ കണ്ണ് എടുത്തു കളഞ്ഞുവെന്ന് സ്വപ്നത്തിൽ പശു ചെയ്ത് സ്വപ്നത്തിൽ നീലപീതാദികളൊന്നും കാണത്തില്ലല്ലോ നമ്മൾ കേവലം ഈ കണ്ണിനെയും ഈ വിഷയങ്ങളെയും മാത്രമാണ് ആശ്രയിക്കുന്നതെങ്കിൽ സ്വപ്നത്തിൽ എങ്ങനെയാണ് കണ്ണുകൊണ്ട് കാണുന്നത് എന്താണ് ഈ ഇത് ഈ ജാഗ്രതത്തിലേക്ക് മാത്രമുള്ളതാണ് അതുകൊണ്ട് ഈ ദൃഷ്ടി അനിത്യമാണ് പക്ഷെ വാസ്തവത്തിലെ ദൃഷ്ടി അതവിടെയുണ്ട് അത് സ്വപ്നത്തിലെ കണ്ണായി അത് സ്വപ്നത്തിലെ ശ്രുതിയായി അപ്പോൾ അതേ ദൃഷ്ടി തന്നെയാണ് ഇവിടെ ജാഗ്രതത്തിലെ കണ്ണായത് ജാഗ്രതത്തിലെ ശ്രുതിയായതും ഒന്ന് തന്നെ സൃഷ്ടനുപ്രാപിച്ചതെന്ന് പറഞ്ഞതാണ് സൃഷ്ടിച്ചിട്ട് സൃഷ്ടികർത്താവ് അതിലേക്ക് അനുപ്രവേശം ചെയ്തതെന്ന് പറയുന്നതാണ് ഇവിടെ അവൻ ഇതിനോട് താതമ്യം പ്രാപിക്കുന്നു അപ്പോ ഈ കണ്ണിലൂടെ കാണുന്നു അവിടെ അതിനോട് താതമ്യം പ്രാപിക്കുന്നു അതിനോട് കാണുന്നു അപ്പൊ ഈ ദൃഷ്ടി എന്ന് പറയുന്നത് നശിക്കുന്ന അതുകൊണ്ട് കാഴ്ചയും നശിക്കുന്നില്ല അവിടെയും യാതൊരു വ്യത്യാസമില്ല അവിടെയും കാണുന്ന കണ്ണുകൊണ്ട് തന്നെയാണ് മറ്റൊന്ന് കൊണ്ടല്ല ചെവി കൊണ്ട് കാണും സ്വപ്നത്തിൽ ഇല്ല സ്വപ്നത്തിൽ കണ്ണുകൊണ്ട് തന്നെയാണ് കാണുന്നത് ചെവി കൊണ്ട് തന്നെയാണ് കേൾക്കുന്നത് അത് ഭ്രാന്തിയാണെന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ പെട്ടെന്ന് പറയുന്നതാണോ ഓ അതൊരു ഭ്രാന്തിയായിരുന്നു സ്വപ്നത്തിൽ ഒരിക്കലും ഭ്രാന്തിയല്ല ഭ്രാന്തിയാണെങ്കിൽ എന്തു പറയണം ഉണർന്നതിനു ശേഷം പറയാൻ ഞാൻ സ്വപ്നത്തിൽ കണ്ണുകൊണ്ട് കണ്ടില്ല എന്ന് പറയും എന്നാ ഭ്രാന്തിയാകും ഞാൻ സ്വപ്നത്തിൽ ചെവി കൊണ്ട് കേട്ടില്ല എന്ന് പറഞ്ഞാലേ അത് ഭ്രാന്തിയാകട്ടുള്ളൂ അത് പറയാൻ കഴിയുന്നില്ല ഇത്രേം പറയാൻ കഴിയും എന്താണോ പറയും ഞാനിപ്പോ ഉണർന്നിരിക്കുമ്പോൾ കാണുന്നില്ല ഉണർന്നിരിക്കുമ്പോൾ എനിക്ക് കണ്ണില്ല കാണാൻ കഴിയുന്നില്ല ഇത്രേം പറയാൻ അവിടെ കണ്ടില്ല അവിടെ കണ്ണില്ല എന്ന് പറയാൻ കഴിയുന്നില്ല അങ്ങനെ പറയാൻ കഴിയാത്തടത്തോളം തന്നെ അത് ഭ്രാന്തിയെന്ന് അങ്ങനെ പറയാൻ കഴിയുമോ എനിക്കിപ്പോ കണ്ണില്ല എന്ന് പറയുന്ന പോലെ എനിക്ക് സ്വപ്നത്തിൽ കണ്ണില്ലായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല കാരണം സ്വപ്നത്തിൽ ഞാൻ എന്റെ കണ്ണുകൊണ്ടാണ് കണ്ടത് ഭ്രാന്തമായ അനുഭവം എന്ന് പറയുന്ന അതാണ് നമ്മൾ സ്വപ്നം അതവിടെ ഇവിടെയില്ല എന്ന് പറയാം അത് ശരിയാണ് അതിവിടെയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭ്രാന്തമാകത്തില്ല ഞാൻ ഇന്നലെ കണ്ടത് ഇന്നില്ല അതുകൊണ്ടത് ഭ്രാന്തമാകും ഞാൻ വേറൊരുദേശത്ത് കണ്ടത് ഈ ദേശത്തില്ല അതുകൊണ്ടത് ഭ്രാന്തമാകും ഇല്ല അല്ല ഞാൻ ഒരു അവസ്ഥയെ കണ്ടത് ഈ അവസ്ഥയില്ല അതുകൊണ്ടത് ഭ്രാന്തമാകത്തില്ല ഭ്രാന്തി എന്ന് പറയാൻ പറ്റും ഭ്രാന്തിയാവണമെങ്കിൽ എന്ത് വേണം കണ്ടില്ല എന്ന് പറയും അത് പറയാൻ കഴിഞ്ഞു അതുകൊണ്ടത് ഭ്രാന്തമില്ല അത് യഥാർത്ഥമായ അനുഭവം തന്നെ കണ്ട അനുഭവവേളയിൽ അത് സത്യം തന്നെയായിരുന്നു എന്നാണ് തറപ്പിച്ചു പറയുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ടാ കണ്ടത് എന്ന് പറയുന്നു അതുകൊണ്ട് ദൃഷ്ടി നശിക്കുന്നില്ല ജാഗ്രതത്തിൽ ഏത് കണ്ണുകൊണ്ടാണോ ഈ രൂപങ്ങളെയെല്ലാം കണ്ടത് ഇതേ കണ്ണുകൊണ്ട് തന്നെയാണ് സ്വപ്നത്തിലും രൂപങ്ങളെ കണ്ടത് അപ്പൊ അതുകൊണ്ട് എന്ത് മനസ്സിലാക്കാം ഈ എടുത്തു മാറ്റി കണ്ണ് അതുകൊണ്ടല്ല വാസ്തവത്തിൽ കണ്ടത് ജാഗ്രത പറഞ്ഞല്ലോ കണ്ണ് മാറ്റി ആ കണ്ണുകൊണ്ടല്ല ജാഗ്രതത്തിലും കണ്ടത് ആ കണ്ണ് കേവലം മാത്രം അത് വാസ്തവത്തിലുള്ള കണ്ണല്ല കാണുന്ന കണ്ണ് അത് ഇതെടുത്തു മാറ്റിയിട്ടും അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അതാണ് വാസ്തവത്തിനുള്ള കണ്ണ് അതുകൊണ്ട് സാധാരണ പറയും നമ്മള് കണ്ണെന്ന് ധരിച്ചിരിക്കുന്ന എന്തോ അത് കണ്ണല്ല കേവലൊരു ഗോളകം കേവലൊരു ഭാഗത്തിൽ ഉപകരണം മാത്രം വാസ്തവത്തിലുള്ള കണ്ണ് അതിന്റെ അകത്തിരുന്ന് കാണുകയാണ് അതാണ് കണ്ണ് നഹി ദൃഷ്ടുഹു ദൃഷ്ടേ വിദ്യാധ്യാജ ശ്രുതി അനുപന്നാസ്യ ഇതിനെ ഈ രീതി മനസ്സിലാക്കിയില്ലെങ്കിൽ അദ്വൈതിയുടെ വിശദീകരണമനുസരിച്ച് നിങ്ങൾ ഇതിനെ മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ ശ്രുതിക്കൊന്നും യുക്തിയില്ല അതുകൊണ്ടാണ് ദ്വൈതികളും മറ്റും ഈ ഭാഗം വ്യാഖ്യാനിക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഒത്തിരി ബുദ്ധിമുട്ടും യോജിപ്പിക്കാൻ പ്രയാസമാണ് കഷ്ടപ്പെട്ട് വ്യാഖ്യാനിച്ച് ഒപ്പിച്ചെടുക്കും അത്രേ പറ്റും അതുകൊണ്ട് തന്നെ അദ്വൈത ദൃഷ്ടിയിലല്ലാതെ ഇതിനെ വ്യാഖ്യാനിക്കാൻ സാധ്യമു തച്ചക്ഷു പുരുഷന സ്വപ്ന പശി ഇത്യാദിയാകശു വേറെ ഈശ്വരു പറയുന്നു തച്ചക്ഷുഹു അതാണ് കണ്ണ് നീ ഇപ്പോ കൊണ്ടു കിടക്കുന്ന ഇത് കണ്ണല്ല ശ്രുതി തന്നെ പറയും തച്ചക്ഷുഹു അതാണ് കണ്ണ് ഇതല്ല പറഞ്ഞല്ലോ എടുത്തു കളഞ്ഞെന്ന് പറഞ്ഞ് ഇത് കണ്ണല്ല പുരുഷ ഏന് സ്വപ്നെ പച്ചതി ഏതുകൊണ്ടാണോ അവൻ സ്വപ്നത്തിൽ കണ്ടത് അതാണ് കണ്ണ് എന്ന് പറഞ്ഞാൽ ജാഗ്രതത്തിൽ ഈ കണ്ണുകൊണ്ട് കാണുന്നുണ്ടെങ്കിലും സ്വപ്നത്തിൽ കണ്ട കണ്ണാണ് വാസ്തവത്തിന്റെ ഈ ജാഗ്രതയും കണ്ണ് ഇതെല്ലാം എടുത്തുകളഞ്ഞ കണ്ണ് അല്ല ആണ് തക്ഷു അതാണ് കണ്ണ് പുരുഷ ഈ പുരുഷനിന്നുള്ള കണ്ണ് അതാണ് ഏന സ്വപ്നെ പശ്യ എന്തുകൊണ്ടാണോ അവൻ സ്വപ്നത്തിൽ കണ്ടത് അതാണ് ജാഗ്രതയും കണ്ണ് വാസ്തവത്തിലുള്ള കണ്ണ് ഇത്യാദ്യാശ്രുതി കാര്യങ്ങളെ വിശദീകരിക്കുന്നതിന് ഇങ്ങനെ ധാരാളം ശ്രുതികളും ഉണ്ട് എനിക്കിന്ന് നല്ല മൂഡാണെന്നാണ് ഞാൻ നിർത്തുകയാണ് നിങ്ങൾക്കതില്ലാത്ത 재미 fryesð gut הי filt 높á hoc aí blasting <laughs> sol sure. спортlivés em français BILLYHAIN.? センド flatsИings они огромны